lade purvi daril अदिल पुति नृत्य नीलमयिल पीली कूरिरु पूंडल चुरुलाकी केटी अदिल पुति नृत्य नीलमयिल पीली इंदतिल चन കുങ്കുമൊുകുഴി ചെഞ്ചൊടിയിൽ തൊങ്ങലാടും മണിമുരളി കണ്ണിനെ പൂട്ടി തുറന്ന गुरु गुरु देवो ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ तस्मै പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേന്ദമ वसुदं देवं, ദം കംസാണോരമർദനം ദഗീ പരമാനന്ദം कृष्णं വന്ദേ ജഗദ്ഗുരു ോദിവാദാനം അംഗും ലയേ ഗിരികൃപാ തഹം വന്ദേ പരമാനന്ദമാധവം ദ ജഗന്നുണ്യശ്രവണകീർത്തോത്തലോകോസ്തു കൃഷ്ണ വാസുദേവാ നന്ദഗോപകുമാരായ ഗോവിയ നമോ നമ കൃഷ വാസുദേവാ പരമാത്മനി പ്രണതക്ലേശനാചോവിയ നമോ നമ ഹരേ രാമ ഹരിരാമ േ ഹരേ ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം നമുക്കറിയാം ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് നാം ഈശ്വരനിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് ബാക്കിയെല്ലാം സത്യമായി പറഞ്ഞാൽ തൽക്കാലം സുഖം തരുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വേദനാത്മകമാണ് മാനസികമായിട്ട് നമുക്ക് അറിയുന്നൊരു സത്യമാണ് പക്ഷേ നമ്മളെല്ലാം ഇന്നൊരു പ്രതിസന്ധിയിലാണ് ഒരു വശത്ത് നമുക്ക് കുടുംബജീവിതം അതിൻ്റെ പ്രശ്നങ്ങൾ മറുവശത്തെ നമുക്ക് ഇതിന്നെല്ലാം മനസ്സിനെ അങ്ങോട്ട് മാറ്റി കുറേയൊക്കെ മനസ്സിനെ ഈശ്വരീയമായി ഉയർത്തണം അപ്പോഴാണൊരു ശക്തിയും കൂടുതലൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവും നമുക്കറിയാം പക്ഷേ നമ്മളൊക്കെ നിസ്സഹായരാണ് ഇത് വിടാനും പറ്റുന്നില്ല അതിലേക്ക് ഉയരാനും പറ്റുന്നില്ല ഒരു പാമ്പിന്റെ വായിൽപ്പെട്ട തവളയെ പോലെ പുറത്തേക്ക് ചാടാനും പറ്റുന്നില്ല എന്നാൽ പാമ്പോട്ട് വിഴുങ്ങുന്നുമില്ല ഇങ്ങനെയാണ് ഭൂരിപക്ഷങ്ങൾ ഇവിടെയാണ് നമുക്ക് ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ ഇത്തരത്തിലുള്ള സത്സംഗങ്ങളും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളും നമ്മൾ സഹായിക്കാം നാം ഓരോരുത്തരും ഒരു വശത്ത് ഭാഗ്യവാന്മാരാണ് നാം മറ്റുള്ള നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കൂട്ടുകളൊന്നും അവർക്കില്ല ഇത്തരത്തിലുള്ളൊരു സംവിധാനങ്ങൾ അവർക്കില്ല അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ജീവിതം അവർ നയിക്കുമ്പോഴും മറുവശത്ത് അവരുടെ ജീവിത പ്രശ്നങ്ങളെ അവർ തന്നെ സഹിച്ച് സഹിച്ച് സഹിച്ച് ഇഞ്ചിഞ്ചിഞ്ചായി അവർ മരിക്കേണ്ടതുണ്ട് എന്നാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് നമുക്ക് അതിൽ മാറി നിൽക്കാൻ സാധിക്കുന്നു അതിനുള്ളൊരു സാഹചര്യം ഇന്ന് ഭാരതത്തിലുണ്ട് എന്ന് വരികയാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഗുരുപരമ്പരയോടാണ് മഹത്തായൊരു ഗുരുപരമ്പര നമുക്കുണ്ട് അവരന്ന് എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം ഇന്ന് നമുക്ക് ഇതുപോലുള്ള സപ്താഹയജ്ഞങ്ങളിലൂടെ ഒരു സത്സംഗങ്ങളിലൂടെ ചിന്തനം ചെയ്ത് നമ്മുടെ മനസ്സിനെയും അവരുടെ മനസ്സുയർന്ന പോലെ നമുക്കും ഉയർത്താൻ ഇന്ന് നമുക്ക് സാഹചര്യമുണ്ട് ഇത് അനുഭവിക്കാൻ സാധിക്കുക പറയുന്നത് ഭാഗ്യം തന്നെയാണ് വളരെ സുഹൃതികൾക്ക് മാത്രം ഇത് സാധിക്കുകയുള്ളൂ നിങ്ങളെല്ലാം സുഹൃതികളാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു മനസ്സ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇത് വേണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരില്ലായിരുന്നു ഇവിടെയാണെങ്കിൽ നാം കൈകാര്യം ചെയ്യുന്ന നാരായണീയം ഇന്ന് വളരെയധികം പോപ്പുലറൈസ് ചെയ്യപ്പെട്ടൊരു ഗ്രന്ഥമാണ് ഭാരതത്തിൽ ഒട്ടുമുക്കാലും സ്ഥലത്ത് നാരായണീയ പാരായണം വളരെയധികം പ്രചരിച്ചിട്ടുണ്ട് ോംബെയിൽ നിന്നായിരുന്നു ആയിരിക്കാം അത് തുടങ്ങിയിട്ടുള്ളത് അതിനു മുമ്പില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ചിട്ടയോടുകൂടിയിട്ട് അവിടെ നിന്നാണ് അതിന്റെ പ്രചാരം കൂടുതലായത് പണ്ട് കുറച്ച് വീടുകളിൽ മാത്രം നാരായണീയം വായിക്കുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു മിക്കവാറും വീടുകളിൽ നാരായണീയ ഗ്രന്ഥം ഉണ്ടെങ്കിലും ആരും കാരണം ഒന്നാമത് സംസ്കൃതം പിന്നെ ഇത് വായിച്ചാൽ പക്ഷെ പിന്നീട് അതിനൊരു പ്രചാരം വന്നപ്പോ ആളുകളെല്ലാം നാരായണീയത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കാൻ തുടങ്ങി ഇന്നിപ്പോ നാരായണീയത്തിന് വലിയൊരു പ്രചാരം എവിടെ പോയാലും നിങ്ങൾക്ക് കാണാം ഡൽഹിയിലായാലും കൽക്കട്ടയിലായാലും അതുപോലെ തന്നെ ചെന്നൈയിൽ എവിടെ ഏത് സിറ്റിയിൽ പോയാലും ഇവൻ ഗ്രാമങ്ങളിൽ പോലും നാരായണീയത്തിന് വലിയൊരു പ്രചാരം കിട്ടിക്കഴിഞ്ഞു എന്താണ് ഈ നാരായണീയം അത് നമുക്കറിയാം ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് എഴുതിയിട്ടുള്ള ആളെക്കുറിച്ച് നമുക്കറിയാം നാരായണ ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹമാണ് അത് എഴുതിയിരിക്കുന്നത് അതും എഴുതാനുള്ള കാരണം നമുക്കറിയാം ഗുരുവിൽ നിന്നും വാങ്ങിച്ച വാദരോഗത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നാരായണീയം രചിച്ചിട്ടുള്ളത് അന്ന് ഭട്ടതിരിപ്പാടിന് വാദരോഗമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വേറെ ചില വാദങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം തീവ്രവാദം പടുത്ത ഇവിടെ ബോംബ് പൊട്ടിയിരിക്കുന്നത് അപ്പൊ നാരായണീയം വായിച്ചാൽ തീവ്രവാദം പോവോ തീർച്ചയായിട്ടും തീവ്രവാദത്തിനൊരു മാറ്റം വരും നാരായണീയം വായിച്ചു കഴിഞ്ഞാൽ വേറെ ചില വാദങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിലും ചില വാദങ്ങളുണ്ട് എന്ന് പറയണം വാദരോഗം നമ്മുടെ മനസ്സിനുമുണ്ട് അതെന്താണത് കുറേ കാലത്തെ ജീവിതാനുഭവങ്ങൾ ചില വാദങ്ങളൊക്കെ നമുക്ക് തരും ഇത് തന്നെയാണ് ജീവിതം നല്ലത് അങ്ങനെയൊരു പ്രീ കണ്ടീഷൻഡ് മൈൻഡാവും നമ്മുടെയൊക്കെ അതിൽ നിന്ന് പുറത്തു വരാൻ ഈ നാരായണീയത്തിന് നമ്മളെ ഏറെ സഹായിക്കാൻ സാധിക്കും നാരായണീയം സാധാരണക്കാരന്റെ ദൃഷ്ടിയിലൊരു വായിക്കാൻ പ്രയാസമുള്ള ഒരു ഗ്രന്ഥാണെങ്കിൽ ഒന്ന് അതിനോട് അഭിരുചി വന്നാൽ വളരെയധികം അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് നാരായണീയം ശ്രീമൽ ഭാഗവതം വേദവ്യാസമാശി രചിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ രചനയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവചരിത്രം മുഴുവൻ ഉൾക്കൊള്ളിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ അവതാരങ്ങളുടെയും കഥകളെ തത്വങ്ങളെ സംഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതിപാദിച്ച ശാസ്ത്രമാണ് ശ്രീമൽ ഭാഗവതം ശ്രീമൽ ഭാഗവതത്തിന്റെ സാര സംഗ്രഹമാണ് നാരായണീയം പതിനെട്ടായിരം ശ്ലോകങ്ങളുണ്ടെന്ന് പറയുന്ന ശ്രീമൽ ഭാഗവതത്തെ ആയിരത്തിൽ പരം ശ്ലോകങ്ങളിലേക്ക് ചുരുക്കിക്കൊണ്ട് ഭഗവത് അർച്ചന ചെയ്തതാണ് അർച്ചന ചെയ്ത ഒരു കൃതിയാണ് നാരായണൻ അതിനുള്ളൊരു കാരണം പറയുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ജന്മം കൊണ്ടദ്ദേഹം വലിയൊരു ബ്രാഹ്മണകുലത്തിലൊക്കെ ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ വലിയൊരു സംസ്കൃത പണ്ഡിതനും അതുപോലെ വേദാന്ത ശാസ്ത്രങ്ങളിൽ വളരെയധികം ആഴത്തിൽ അറിവ് തേടിയാളായിരുന്നു അച്ഛനിൽ നിന്നും ജ്യേഷ്ഠനിൽ നിന്നൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചുവെങ്കിലും അതെയും പിന്നീട് മറ്റൊരു പണ്ഡിതനായ അച്യുതപ്പിഷാരടി എന്ന് പറയുന്ന ഒരാള് വീട്ടിൽ പഠനത്തിന് ചെന്നൂ എന്നാണ് അപ്പൊ അവിടെ വെച്ച് അച്യുതപ്പിഷാരടിയുടെ മരുമകളുമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം വരികയും അച്യുതപ്പിഷാരടിയോട് പട്ടതിരിപ്പാട് പറഞ്ഞു അങ്ങയുടെ മരുമകളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് പണ്ടുകാലത്ത് കേരളത്തിലെല്ലാം ബ്രാഹ്മണകുലത്തിൽ നമ്പൂതിരിമാരുടെ ഇടയിൽ മൂത്ത മകനാണ് വേളി പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം സംബന്ധമാണ് ഉന്നത കുലത്തിൽ നിന്നോ അല്ലെങ്കിൽ അമ്പലവാസികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിക്കുക അതാണ് പണ്ടത്തെ സംസ്കാരം ഭട്ടുതിരിപ്പാടിന് ഇങ്ങനെ ഒരു മോഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വലിയ താല്പര്യം കാരണം വളരെ നല്ല കുലത്തിൽ നിന്നാണ് വരുന്നത് നല്ല അറിവും കഴിവൊക്കെ ഉണ്ട് പക്ഷെ എന്തുപറ്റി കല്യാണത്തിന് ശേഷം അദ്ദേഹത്തിന് മട്ടും ഭാവൊക്കെ പിന്നീട് അദ്ദേഹം തന്റെ അറിവും കഴിവൊക്കെ വിട്ട് ഈ പെൺകുട്ടിയോടൊത്തുള്ള ജീവിതത്തിൽ അങ്ങോട്ട് മുഴുകിപ്പോയി അതിന്റെ ഗോകലാലസതയിൽ നിത്യവൃത്തികളൊക്കെ മറന്ന് ജീവിച്ചു പിന്നെ ബ്രാഹ്മണർക്ക് പണ്ടുകാലത്തുണ്ടായിരുന്ന സൂര്യോദയത്തിന് മുമ്പ് എണീക്കല് സന്ധ്യാവനം തുടങ്ങിയിട്ടുള്ള ആ സംസ്കാരം പോലും ദേഹം വിട്ടുകോയി പറയും അങ്ങനെ അച്വക്ഷാരണിയിൽ വീട്ടിലിങ്ങനെ കുത്തഴിഞ്ഞ് ജീവിക്കുക മക്കളൊന്നും ഉണ്ടായിട്ടില്ല എന്നാ തോന്നുന്നത് അതിനെക്കുറിച്ച് പ്രതിഭാദമില്ലേ എവിടെ ഒരു ദിവസം അച്യുതപാരണിയാണെങ്കിൽ വളരെ വലിയൊരു വിദ്വാനാണ് പണ്ഡിതനാണ് ജ്ഞാനിയാണ് അദ്ദേഹത്തിന് ശിഷ്യ പരമ്പര്യവും കുട്ടികൾ രാവിലെ വരും സൂര്യോദയം ആകുമ്പഴി കുട്ടികൾ വരും അവർ പഠിക്കാൻ തുടങ്ങും അത് രാവിലെ തന്നെ പൂമുഖത്ത് വെച്ചിട്ടാ പഠണം അപ്പൊ രണ്ടു വരികളിലായിട്ട് കുട്ടികളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ആ പഠിക്കുന്ന സമയത്താണ് ഈ ഭട്ടതിരി പാഠം എനിക്ക് വരുന്നത് ഒരു ഏഴ് ഏഴ് മണിക്ക് എത്താം അച്യുത പിഷാരടി രാവിലെ എണീറ്റ് കുറിയും തൊട്ട് അദ്ദേഹത്തിന്റെ ജപവും കഴിഞ്ഞ് കുട്ടികൾക്ക് ഉപദേശിക്കുന്ന സമയത്ത് എട്ട് മണിയാവുന്ന സമയത്ത് എന്റെ ഇങ്ങോട്ട് എണീറ്റ് വരും എന്നിട്ട് രണ്ട് കുട്ടികൾ ഇരിക്കുന്ന കുട്ടികളുടെ ഇടയിലൂടെ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ പണ്ടൊക്കെ ബാത്റൂമും എല്ലാം പുറത്താണല്ലോ ഇന്നത്തെ പോലെ അറ്റാച്ചഡ് സിസ്റ്റർ അല്ലല്ലോ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയുണ്ട് ആ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നാവിൽ നിന്ന് ചില വാക്കുകൾ വീണു എന്താണ് അത്രയും വീണുപോയത് കഷ്ടം ഒരു നല്ലൊരു ബ്രാഹ്മണ ജന്മം ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നതും കഷ്ടം കഷ്ടം സങ്കടത്തോടെ ഞാൻ നെഞ്ചിൽ കൈവച്ചു ഈ വാക്കുകൾ പട്ടതിരിപ്പാടിന്റെ ഹൃദയത്തിൽ ചെന്ന് കൊണ്ടുപോകും നല്ലൊരു ബ്രാഹ്മണ ജന്മം വേസ്റ്റ് ചെയ്ത് അത് കൊണ്ടതും അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠ കുളിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി അദ്ദേഹത്തിന് മനസ്സിലായി ഈ ജീവിതമല്ല എന്നെ ഉയർത്തുന്നത് ഇത് കുറെ കഴിഞ്ഞാൽ മടുപ്പും കുറെ കഴിഞ്ഞാൽ ജീവിതത്തോട് വെറുപ്പും ഉണ്ടാക്കും അതൊരു കെട്ടിയിട്ട പോലെയാണ് പിന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഇതല്ലേ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് മരണം വരെ ഉജ്ജ്വലമായ തേജസ്സാർന്ന ഒരു ശക്തിയുള്ള ജീവിതത്തിൽ അതിനിന്നെനിക്ക് കഴിവില്ല ആ തരത്തിലേക്ക് വരാൻ അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞ ഗുരുവിന്റെ കാൽക്കൽ വന്ന് വീണു അതുവരെ തന്റെ ഭാര്യയുടെ അമ്മാവനായി കണ്ട അച്യുതപ്പിഷാരണിയെ ആ നിമിഷം അദ്ദേഹം ഗുരുവായി കണ്ടുകൊണ്ട് പാദത്തിൽ വീണ് ഈ ഗുരു മാമോദ്ധര എന്നെ ഉദ്ധരിച്ചാലോ മോഹാർണവാൽ ഞാൻ ഇന്ന് കുടുങ്ങിയിരിക്കുന്ന കുരുങ്ങിയിരിക്കുന്ന വീണിരിക്കുന്ന ഈ മോഹത്തിന്റെ അർണവത്തിൽ നിന്ന് കുഴിയിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റിത്തരണം അങ്ങല്ലാതെ എനിക്ക് വേറെ ആശ്രയിമില്ല തന്റെ പാദത്തിൽ വീണ് കിടക്കുന്ന തന്റെ മരുമകൻ കൂടിയായ മരുമകളുടെ ഭർത്താവ് കൂടിയാണല്ലോ ആ ഭട്ടതിരിപ്പാടിനെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് അവിടെ മുതൽ വേദാധ്യയനം തുടക്കണം അവിടെ നാളത്രയും ഭട്ടതിരിപ്പാട് ശ്രീമൽ മുഴുവൻ പഠിച്ചത് പഠിക്കുക മാത്രമല്ല പഠിച്ചത് മുഴുവൻ അദ്ദേഹത്തിന് മനപ്പാടമായ നെയ്റ്റീൻ ശ്ലോകം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രകാശിക്കുമായിരുന്നു അവസാനം മധ്യം കാണുന്നൊരു രംഗം തന്റെ ഗുരു വാദരോഗത്താൽ ക്ലേശിക്കുന്നതാണ് ദിനപ്രതി വാദരോഗം അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്നത് കണ്ടപ്പോ ആയുർവേദ പണ്ഡിതൻ കൂടിയ അച്യുതപ്പെഷാരുടെ ഇത് ഇവിടെ കഴിഞ്ഞ ജന്മങ്ങളിലൂടെയോ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ഈ വാദരോഗം തനിക്ക് വന്നിരിക്കുന്നത് ഇത് മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ ആരെങ്കിലും ഈ രോഗത്തെ തന്നിൽ നിന്നും വാങ്ങിച്ചെടുക്കണം അതിന്റെ കർമ്മ വിഭാഗം എന്ന് പറയും ഒരാളുടെ ദോഷം മറ്റൊരാളിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് പക്ഷെ അത് വാങ്ങിക്കുന്ന ആള് അതിനെ ഉൾക്കൊള്ളാനും സഹിക്കാനുമുള്ള കഴിവുള്ള ആളല്ലെങ്കിൽ വാങ്ങിച്ചവൻ കൊലാപ്സാവും മനസ്സിലായില്ല ബോംബ് പൊട്ടിക്കാൻ അറിയാത്തവരുടെ അടുത്ത് ബോംബ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരു തമാശ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ ഇടയിൽ ഇവരിങ്ങനെ ഗ്രനേഡ് എറിയായിരുന്നു അത്ര ഗ്രനേഡ് എറിയുന്ന സമയത്ത് ഗ്രനേഡില് പിന്നുണ്ടാവും അത്രേ അത് കടിച്ചു എന്നിട്ട് എറിയണം അങ്ങനെയായിരുന്നു യുദ്ധത്തിന്റെ അടുത്ത് ഇത് പാകിസ്ഥാൻകാരുടെ നേരെ എറിയുന്നത് ഇന്ത്യൻ മിലിറ്ററി കാരനത് എറിയാൻ പറ്റുന്നില്ല പിന്നെ അഴിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പൊ എന്ത് പറ്റി ചത് പാകിസ്ഥാൻ കാരനെ എത്തിച്ചിട്ട് പറഞ്ഞു നീയൊന്ന് ഈ പാകിസ്ഥാൻകാരനെ ജീവിതത്തിൽ മിലിറ്ററിക്കാരൻ അവൻ പിന്നെ കടിച്ചു വലിച്ചിട്ട് ആ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് പിന്നെടുത്തിട്ട് ഇന്ത്യക്കാരന്റെ നേരെ എറിഞ്ഞു എന്നാണ് പിന്നെന്താ സംഭവിക്കുക എന്ന് പറയേണ്ടല്ലോ ഈ സാധനം ഉപയോഗിക്കാൻ അറിയാത്തതിൽ കൊടുത്തിഴിഞ്ഞാൽ അപകടം പോലെ ഈ കർമ്മവിഭാഗത്തിലൂടെ വേടിക്കുന്ന ആ രോഗത്തെ സഹിക്കാനുള്ള കഴിവ് വാങ്ങിച്ചവരും ഉണ്ടാവും ഏതായാലും ഭട്ടം തിരിപ്പാടുന്നതിനുള്ള കഴിവുണ്ട് കാരണം മന്ത്രങ്ങളൊക്കെ അത്ര ഉപാസിച്ചിട്ടുണ്ട് അദ്ദേഹം വാങ്ങിക്കുകയാണ് ഗുരുവിന്റെ വാദരോഗത്തെ വാങ്ങിച്ചു ദിനം പ്രതി വാദരോഗം തന്നെ വേദനിപ്പിച്ചപ്പോ അദ്ദേഹത്തിന് ഗുരുതന്നെ ഉപദേശം കൊടുത്തു ഗുരുവായപ്പനെ മുറുകപ്പെടുത്തുകൊള്ളു ഗുരുവായൂരപ്പനെ ഉപാസിച്ചുകൊള്ളു സഹോദരന്റെ സഹായത്തോടുകൂടി ഗുരുവായൂരിൽ എത്തിച്ചേർന്ന് അങ്ങനെ ഗുരുവായൂരപ്പനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് മണ്ഡപത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ഭാഗവതത്തെ മുഴുവൻ മനനം ചെയ്ത് ആ ഭാഗവതത്തെ കാവ്യരൂപത്തിൽ ഭഗവാനുള്ള തന്റെ പുഷ്പാഞ്ജലിയാക്കി മാറ്റി ഭാഗവതത്തെ ഇങ്ങനെ ഉപാസിച്ച് പുഷ്പാഞ്ജലി ചെയ്യുകയാണ് രണ്ട് ദിവസം കടന്നുപോയത് അറിഞ്ഞില്ല മൂന്നാമത്തെ ദിവസം മുതൽ അങ്ങനെ തുടങ്ങിയ വേദന ഭയങ്കര വേദന ശരീരമൊന്നും അനങ്ങുന്നില്ല കാലുകളൊക്കെ വേദനിക്കും മൂന്നാമത്തെ ദിവസം മുതൽ അദ്ദേഹം ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുന്നതാണ് എന്റെ വാദരൂപം മാറ്റിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ അർച്ചന അതുകൊണ്ട് നാരായണീയത്തിലെ നൂറ് ദശകങ്ങളിൽ ഒന്നും രണ്ട് ദശകങ്ങളിൽ വാദരോഗം മാറ്റിത്തരണം എന്നുള്ള അപേക്ഷ ഇല്ല മൂന്നാമത്തെ ദശകം മുതലാണ് ഭഗവാനെ ഇങ്ങനെ എന്തിനെ പരീക്ഷിക്കുന്നത് അങ്ങനെ ഭഗവാൻ വാദരോഗം ഭഗവാൻ തന്നിരിക്കുന്നൊരു പരീക്ഷണമായി കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ ഭഗവാൻ ഭക്തി തന്നെയാണ് മാർഗമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പട്ടതിരിപ്പാട് ഭഗവാനെ ഉപാസിക്കുക മൂന്നാമത്തെ ദശകം മുതൽ വാദരോഗത്തെ മാറ്റിത്തരയണമേ എന്നുള്ളൊരു അപേക്ഷ മിക്കവാറും ദശകങ്ങളുടെ അവസാനം കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം തൊണ്ണൂറ്റിയൊൻപത് ദശകം വരെ ഇരുന്ന് ഒരു ദിവസം പത്ത് ദശകം അങ്ങനെയാണ് കണക്ക് തൊണ്ണൂറ്റിയൊൻപത് ദിവസം അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഭഗവാൻ സപ്തദർശനം നൽകിയിരുന്നു അതിനു മുമ്പും സപ്തദർശനങ്ങൾ നൽകുന്നുണ്ട് പിറ്റേ ദിവസം അദ്ദേഹം വിനയിക്കുന്ന സമയത്ത് കാണുന്നത് അഗ്രേ പശ്യാമിതേജോ നിബിടതലകളായ വലീലോപനീയും പീയൂഷപ്ലാവിദോഹം തദനുദതുതരെ ദിവ്യകൈശോരവേഷം താരണ്യാരംഭരമ്യം പരമനസുഗാം ആസ്വാദ രോമാഞ്ചിതാങ്കേ ആവീതം നാരദാത്തി വിരസതു മനുഷർ ഇപ്രകാരം ഭഗവാന്റെ അപതിമനോഹരമായ കേശാദിപാദത്തെ കണ്ടു എന്നും അങ്ങനെ അദ്ദേഹത്തിന് സൗഖ്യം നേടാൻ സാധിച്ചുള്ള അത്രയും ദിവസം തൊണ്ണൂറ്റൊൻപത് ദിവസം അദ്ദേഹത്തിന് വാദരോഗത്തിലൂടെ കടന്നു പോകേണ്ടതായി ദിവസമാണ് അദ്ദേഹത്തിന് വാദരോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവാൻ സാധിച്ചത് പട്ടതിരിപ്പാടിന്റെ കാലഘട്ടത്തിൽ കേരളം അനുഗ്രഹീതമായിരുന്നു എല്ലാ നാടും അനുഗ്രഹീതമായിരുന്നു പക്ഷെ കേരളത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അനവധി അനവധി മഹാത്മാക്കളുടെ ഒരു പുണ്യഭൂമിയായിരുന്നു അന്ന് കേരളം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ ഉപാസിച്ച അനവധി ആളുകൾ ഗുരുവായൂരപ്പനെ ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടന്ന അനവധി ആളുകൾ അന്ന് ഗുരുവായൂരിലുണ്ടായിരുന്നു പട്ടതിരിപ്പാട് ജ്ഞാനം കൊണ്ട് ഗുരുവായൂരപ്പനെ കൊണ്ടു നടന്നെങ്കിൽ കൊണ്ട് തന്റെ സമർപ്പണം കൊണ്ട് ഭഗവാനെ കൊണ്ടു നടന്ന ആളായിരുന്നു പൂന്താരം കവി മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കവി ഭഗവാനെ സ്വന്തം പുത്രനെ പോലെ കൊണ്ടു നടന്ന പേരക്കുട്ടിയെ സ്വന്തം പുത്രൻ എന്നതുപോലെ പേരക്കുട്ടിയെപ്പോലെ കൊണ്ടു നടന്ന പെട്ടിയിലടയ്ക്കാൻ സാധിച്ച ആളായിരുന്നു കുറൂരങ്ങയല്ല അത് കഴിഞ്ഞ് ഭഗവാനെ തന്റെ ഒരു കാര്യസ്ഥനെപ്പോലെ കൊണ്ടു നടന്ന ആളായിരുന്നു വില്ലുമംഗലം സ്വാമിമാര് കൂടെ കൂടാതെ എഴുത്തച്ഛൻ അതുപോലെ തന്നെ മങ്ങാട്ടച്ചൻ തുടങ്ങിയിട്ടുള്ള അനവധി പ്രതിഭകൾ അന്ന് ഗുരുവായൂരിൽ കേന്ദ്രമാക്കി ഉണ്ടായിരുന്നു പറയാനും അതുകൊണ്ട് തന്നെ അനുഭവങ്ങളും അനുഭൂതികളുണ്ടായി ജീവിതത്തെ ധന്യമാക്കിയ ആ സജ്ജനങ്ങൾ നമുക്ക് വേണ്ടി ആ മാത്തായ കൃതികൾ ഇന്ന് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാതെ കിട്ടിയിട്ടുണ്ട് നമുക്കും ഇതെല്ലാം ഉപാസിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അർത്ഥവത്താക്കാം നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ജീവിതം നുഭവിക്കുന്ന സുഖങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ സുഖമെന്നും ഭട്ടതിരിപ്പാടനോട് അച്യുതപ്രഷാരടി പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു ബ്രാഹ്മണ ജന്മം നീ നശിപ്പിക്കുന്നുവല്ലോ വെറും കുടുംബജീവിതത്തിന്റെ സുഖങ്ങളിൽ മാത്രം ഒഴുകി ഇത് സുഖമെന്ന് കരുതി ജീവിച്ച അദ്ദേഹത്തിന് മനസ്സിലായി മരണം എന്ന് പറയുന്നൊരു അനുഭവം തൊട്ടപ്പുറകിലുണ്ട് ആ മരണ സമയത്ത് കുടുംബജീവിതമൊന്നും കൂടെ ഉണ്ടാവില്ല അന്ന് മരണത്തെ നേരിടേണ്ടത് എന്റെ മനസ്സാണ് മനസ്സ് തന്നെ വേണം മരണത്തെ നേരിടാൻ അന്ന് മനസ്സൊരിക്കലും മരണത്തിന് മുമ്പിൽ പതരരുത് തളരരുത് അതിനെ അഭിമുഖീകരിക്കണം അപ്പൊ അതുകൊണ്ട് വാദരോഗമെന്ന് പറയുന്ന ഒരു വേദനയുടെ മുമ്പിൽ തളരാതിരിക്കണമെങ്കിൽ മനസ്സിന് ശക്തി കൊടുക്കണമെങ്കിൽ ആ ശക്തി വീട്ടുകാരിൽ നിന്നൊരിക്കലും മറ്റുള്ളവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാം സമാധാനിപ്പിക്കാൻ പക്ഷെ ധൈര്യം തരാൻ സാധ്യമില്ല ഒരാൾക്കും ഇന്ന് മറ്റൊരാളോട് പറയാൻ സാധ്യല്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് സാധിക്കൂ നമുക്കറിയാം ഒരാൾക്കും മറ്റൊരാളുടെ കൂടെ ഉണ്ടാവാൻ സാധ്യല്ല മനസ്സിന് ശക്തി തരാൻ മനസ്സിന് പൂർണ്ണ വിശ്വാസം വീട്ടുകാരോടുണ്ടാവില്ല മനസ്സിന് പൂർണ്ണ വിശ്വാസം അത് ഭഗവാനോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഭഗവാന് മാത്രമേ തന്നെ പ്രതിസന്ധി വരുന്ന സമയത്ത് ധൈര്യം തരാൻ ശക്തി തരാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ മനുഷ്യ മനസ്സിലറിയാം അതുകൊണ്ടാണ് എപ്പോഴൊക്കെ നമുക്ക് പ്രതിബന്ധങ്ങൾ വരുന്നോ പ്രതിസന്ധികൾ വരുന്നോ ദൈവമേ നമ്മൾ വിളിക്കുന്നത് ഈശ്വര നമ്മൾ വിളിക്കുന്നത് ഗുരുവായൂരപ്പ നിങ്ങൾ വിളിക്കുന്നത് അല്ലേ നമുക്കൊക്കെ ആ സന്ദർഭങ്ങളിലുണ്ടല്ലോ നമ്മൾ അറിയാതെ വിളിക്കുന്നൊരു വിളിയാണ് ദൈവമേ എങ്ങനെയെങ്കിലും ഒന്നെ രക്ഷിക്കണത് കാരണം നമുക്കറിയാം ദൈവത്തിന് മാത്രമേ ആ പ്രതിസന്ധിയിൽ നമ്മളെ ധൈര്യം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹിക്കണമെങ്കിൽ നാം ഈശ്വരനുമായിട്ടൊരു സമ്പർക്കമുണ്ടാക്കണം ഈശ്വരനുമായി സമ്പർക്കം കൂടുന്തോറും ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് വേഗത്തിൽ അനുഭവിക്കാൻ സാധിക്കും അതിന് നമ്മൾ ആചാര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെ തന്നെ കടന്നു പോകണം ജീവിതം അനുഗ്രഹീതമായത് ഭാഗവതത്തെ ഓരോ മന്ത്രങ്ങളിലൂടെയും ഭഗവാൻ അർച്ചന ചെയ്തപ്പോഴാണ് നമുക്ക് കാണാം പട്ടതിരിപ്പാട് തുടങ്ങുന്നത് ഭഗവാന്റെ സൂക്ഷ്മതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ അവസാനം ഉപസമരിപ്പിക്കുന്നത് ഭഗവാന്റെ ആ സ്ഥൂലമായ രൂപത്തിൽ തന്റെ മനസ്സിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ് ഭഗവൽ തത്വം ഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപത്തിൽ മനസ്സിനെ ആ ഭഗവാന്റെ രൂപം തന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ തന്റെ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിച്ച മഹാത്മാവായിരുന്നു പട്ടതി പാഠം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിനക്കത് കാണാൻ സാധിക്കും തുടക്കം സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമ്മുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുഴു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽപാതി സാക്ഷാൽ ഹന്ത ഭാഗ്യം ജനാനാം ഭഗവാനെ തന്റെ അന്തരാത്മാവായി കാണാൻ സാധിക്കുന്നവരുടെ ഭാഗ്യം അതീവ ഭാഗ്യം തന്നെയാണ് ഹന്ത ജനാനാം ജനാനാം ഭാഗ്യം ജനങ്ങളിൽ വെച്ച് അവര് ഭാഗ്യം ചെയ്തവരാണ് ആരാണ് ഭാഗ്യം ചെയ്തവര് ബ്രഹ്മതത്വം ബ്രഹ്മ ഈശ്വരനാകുന്ന സത്യം തന്റെ ഹൃദയത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് ഭാഗ്യം ചെയ്തവരെ ഈ തത്വത്തെയാണ് അദ്ദേഹം ക്രമേണ ക്രമേണ ഉപാസിച്ചുപാസിച്ച് മനസ്സിനെ അതിലേക്ക് അടുപ്പിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു ഈ ലോകം നേരത്തെ എനിക്ക് സുന്ദരമായിരുന്നു കുടുംബജീവിതം സുന്ദരമായിരുന്നു ഭാര്യയും മക്കളൊക്കെ സുന്ദരമായിരുന്നു പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി അവരേക്കാളൊക്കെ സൗന്ദര്യം എ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുടക്കം ഇങ്ങനെയാണല്ലോ എത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാാന്തിനിദാനോ മധുരം മാധുര്യദുയാദവി സൗന്ദര്യോത്തരോ വി സുന്ദരതരം തദ്രൂപമാശ്ചര്യദോ ആശ്ചര്യം ഭുവനീന കൃത്യകുതുകം പുഷാതിവിഷ്ണോ വിഭോ നേരത്തെ ലോകം സുന്ദരമായിരുന്നു മാധുര്യമായിരുന്നു മോഹിപ്പിക്കുന്നതായിരുന്നു ഇന്ന് അതിനൊന്നും സൗന്ദര്യമില്ല ഇന്ന് സൗന്ദര്യം കൊടുക്കുന്നത് തന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനാണ് ഭഗവത് ചൈതന്യം തന്റെ കൂടെ ഇല്ലെങ്കിൽ ഒന്നിനും യാതൊരു സൗന്ദര്യവുമില്ല എന്ന് മനസ്സിലാക്കി ഭഗവാനെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ അവസാനം ദൃഢമാക്കുകയാണ് ഗുരുവായപ്പനിൽ ൽപ്പതോനമപയതമർദൃഷ്ടേ മത്ത മന്േ വിപസരതി വയം ഏന സർവാത്മനൈവൽ പ്രണീതജനവിധി ആസ്തി മോഹമാർഗൈ ദാവന്നപ്പവൃതാക്ഷ സ്കലദിനകുഗതിൽ ദിളാത്മൻ ശ്രീകൃഷ്ണതൊൽപദോപാസനമപയതമം മരണത്തെപ്പോലും നേരിടാൻ തനിക്ക് ശക്തി തരുന്നത് വീട്ടുകാർക്കൂടെയുണ്ട് എന്നുള്ള വിചാരമല്ല എന്നെ തളർത്തുകയാണ് ചെയ്യുക ഇന്നെനിക്ക് മനസ്സിലായി എന്റെ മനസ്സിന് ഫലം കിട്ടുന്നത് ശ്രീകൃഷ്ണ തുൽപദോപാസനം മനസ്സെവിടെ എത്തിച്ചു ഭഗവാന്റെ ഉപാസനത്തിൽ ഉറപ്പിച്ചു ഇന്നെനിക്ക് കാരണം എന്റെ മനസ്സിൽ ഭഗവാൻ പ്രതിഷ്ഠിതനായിട്ടുണ്ട് എന്നിട്ട് അവസാനം ഭഗവാൻ എന്റെ മനസ്സിലെത്തിയിട്ടുണ്ടെങ്കിലും ഇനി എന്റെ മനസ്സിനെ എവിടെ അവർ അർപ്പിക്കണം ഭഗവാനിൽ എത്തിക്കണം അതാണ് അവസാനം പട്ടിരിപ്പാട് നേടിയെടുക്കുന്നത് യോഗീന്ദ്രാണം ത്വദേഷുദിഗസുമധുരം മുക്തിപാചം നിവാസോ ഭക്തനും കാമവർഷത്യുതര കിസയം ആദത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതി കൃഷ്ണകാരുണ്യസിന്ധോ ഹൃത്വാതിശേഷതാഭൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി ഭഗവാന്റെ പാദം തന്റെ മനസ്സിൽ പതിഞ്ഞു ഇനി എന്റെ മനസ്സ് ആ ഭഗവത് പാദത്തിൽ വിലയനം പ്രാപിക്കണം അങ്ങനെ വിലയനം പ്രാപിച്ചപ്പോ ആയുരാരോഗ്യ സൗഖ്യം ആയുസിനും ആരോഗ്യത്തിനും സൗഖ്യം നേടാൻ സാധിച്ചു എന്നാണ് ഇപ്രകാരം ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിൽ ഭഗവത് തത്വം മനസ്സിലാക്കി ഭഗവാനോളം ആകർഷണം മറ്റൊന്നിനുമില്ലെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ പ്രതീക്ഷിച്ച് ആ ഭഗവത്പാദത്തിൽ മനസ്സിനെ ലയിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യമാക്കി തീർക്കാം ഇവിടെ തളരേണ്ട ഒരു ആവശ്യവും ഇല്ല ഒരിക്കലും ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പട്ടതിരിപ്പാട് പറയുന്നു നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദവീയൂഷരോപേ നല്ലീനേകമുക്താവനി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോല്ലോലാസതുല്യം ഗലുവിമലതരം സത്വമാഹുത്തത്മാ കസ്മാനോ നിഷ്കളസ്തും സകള ഇവര തൊൽകലാസേവഭൂമം നിഷ്കമ്പനായി തീരും നിഷ്കമ്പനം എന്ന് പറഞ്ഞാൽ മനസ്സൊരിക്കലും പതൃകയില്ല മനസ്സെപ്പോഴും സ്റ്റെബിലൈസ്ഡായിരുന്നു stable ആയിരിക്കും strong ആയിരിക്കും അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് നേടিয়ে എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ജീവിതത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈശ്വര അനുഗ്രഹം നമുക്ക് നേടறோம் ഈശ്വര അനുഗ്രഹം കൊണ്ട് നേടി கிட்டുന്നത് ஒரு stable mind நமக்கு கிட்டும் ఆ వ్యక్తికి สมうち లైఫ్ ఇస్ నథింగ్ కారణం హి ఇస్ నాట్ డిస్టర్బ్డ్ బై ఎనీథింగ్ వాట్ ఎవర్ హాపెన్స్ ఇన్ హిస్ ఇన్ హిస్ ఫ్యామిలీ velavel around him nothing can connaps so we know our mind that's a a great bomb our mind when it blasts we don't say it when it collapses we don't say it lee do we feel we are a perfect human being still we don't have faith in our own mind we don't have faith in ourselves when it happens നമ്മളെ തളർത്തെന്ന് നമുക്കറിയില്ലേ സോ എനിത്തിങ് ക്യാൻ ഡിസ്റ്റേബ് എനിത്തിങ് ക്യാൻ മേക്ക് അവർ മൈൻഡ് കൊലാപ്സ് ദിസ് ദ ട്രൂത്ത് ഇങ്ങനെയുള്ള ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ മനസ്സിനെയാണ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് തീർക്കുന്നത് വേറെ മാർഗങ്ങളൊന്നുമില്ല അതിനൊരേ ഒരു മാർഗം മനസ്സിന് ശക്തി തരുന്ന ഒരു ഈശ്വരീയതയിലേക്ക് ആത്മീയതയിലേക്ക് ആരോ മനസ്സിന് ഉയർത്തണം ആത്മീയത എന്ന് പറയുന്നത് പൊതുവെ നമ്മള് ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ അമ്പലം അമ്പലത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക പൂജാമുറി പ്രാർത്ഥിക്കുക ഇത്രയുള്ളൂ അയാളുടെ ആത്മീയത കുറച്ചാളുകൾ വീട്ടിലിരുന്ന് നാമജീവിക്കുന്നവരും കുറച്ചാളുകൾ കീർത്തനാദികൾ ചൊല്ലുന്നവരുണ്ട് കുറച്ചാളുകൾ മെഡിറ്റേഷൻ തുടങ്ങിയതെല്ലാം ചെയ്യുന്നവരുണ്ട് എങ്കിലും നാം എന്തെല്ലാം ചെയ്താലും ശരി ഒരു വ്യക്തമായൊരു അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് ഇക്കാര്യത്തിലില്ലെങ്കിൽ നമുക്കറിയില്ല വെദർ വി ആർ പ്രോഗ്രസിംഗ് ഓർ നോട്ട് കുറെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു യാന്ത്രികമായി തരും രാവിലെ എണീക്കും കുളിക്കും രാവിലെ എണീറ്റ ഉടനെ തന്നെ തുടങ്ങും ഓംശം വിഷമക്കാരോ ഭൂതപം പ്രഭു ഭൂതഗത് ഭൂതഗത് ഭാവു നമ്മൾ ചൊല്ലും പക്ഷെ മറുവശത്ത് നമ്മുടെ മനസ്സ് അതേ സമയം അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്ലാനിങ് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വശത്ത് നമ്മൾ റിലീജിയസ് ആണ് മറുവശത്ത് നമ്മൾ വേൾഡിലെ കാര്യങ്ങളിലാണ് മനസ്സ് വെച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒരുമിച്ച് പോവും അപ്പൊ നമുക്ക് ചെയ്യുന്നതിലൊന്നും ഒരു പൂർണ്ണമായ സംതൃപ്തി കണ്ടെത്താൻ പറ്റില്ല അതാണ് ആളുകൾ അമ്പലത്തിൽ പോയാലും കുറച്ചൊക്കെ തൊഴിൽ പുറത്തു വരുന്നാൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല വീണ്ടും അവരുടെ മനസ്സ് പറയും ഒന്നുകൂടി തൊഴണം നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയാൽ കാണാം ഒരിക്കൽ തൊഴുതിട്ട് വീണ്ടും അവർ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ തൊഴുതിട്ട് എന്നല്ലേ അർത്ഥം നമ്മുടെ മനസ്സിന് തന്നെ ചെയ്യുന്നതിൽ പൂർണ്ണമായി പലപ്പോഴും എന്ത് കിട്ടുന്നില്ല സംതൃപ്തി കിട്ടുന്നില്ല ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ എപ്പോഴെയാണ് ഒരിക്കൽ ശബരിമലയിൽ പോയി മോക്ഷം കിട്ടിയാൽ പിന്നെ രണ്ടാമത് പോണ്ടാവശ്യണ്ടോ ഉണ്ടോ ആളുകൾ ശബരിമലക്ക് പോകുമ്പോൾ അത്ര ഉറപ്പിച്ചിട്ടില്ലേ പറയണത് സ്വാമിയെ കണ്ടാൽ വീണ്ടും അവർ നെക്സ്റ്റ് ഇയറിൽ പോവാണെങ്കിൽ ഉറപ്പല്ലേ ഫസ്റ്റ് ഇയറിൽ പോയിട്ട് മോശം കിട്ടിയിട്ടില്ല എന്നുള്ളത് അല്ലേ ശരിയല്ലേ മോശം കിട്ടിയ പോകേണ്ട ആവശ്യമുണ്ടോ കോമൺ സെൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദല്ലേ പറയുക അല്ലേ ക്ലാസ് എസ് എൽ വീണ്ടും എസ് എസ് ആവശ്യമുണ്ടോ പ്ലസ് ടു പാസ്സായ വീണ്ടും എ പ്ലസ് ടു ആവശ്യമുണ്ടോ എഞ്ചിനീയറിംഗ് പാസ്സായാൽ വീണ്ടും എഞ്ചിനീയറിങ് എഴുതേണ്ട ആവശ്യമുണ്ടോ ഓക്കെ കല്യാണം കഴിച്ചാൾക്ക് വീണ്ടും കല്യാണം കഴിക്കാം ഇറ്റ്സ് എൻ എക്സെപ്ഷൻ കാരണം നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് പക്ഷെ നമ്മുടെ എജ്യൂക്കേഷനിൽ അങ്ങനെ ആവശ്യമില്ലല്ലോ ഇതുപോലെ ഒരിക്കൽ മോശം കിട്ടിയയാൾക്ക് വീണ്ടും ഇതെന്താ അത് വർഷം വർഷം മോക്ഷോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിന് ഉറപ്പാണ് എന്ത് കിട്ടിയിട്ടില്ല മോഷം കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ യാന്ത്രികമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ നാരായണിയും വായിക്കും ആ സമയത്ത് ആയൊരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന ഒരു വാക്കം അവിടെയാണ് അവസാനിപ്പിക്കുന്നത് അത് നമ്മുടെ മനസ്സിന് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു യാന്ത്രികമായി പോവില്ലേ വായന മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ വായിക്കും തോറും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വായന യാന്ത്രികമായി ശ്രീമൽ ഭാഗവതം ശ്രീശുഖ ബ്രഹ്മഷി പരീക്ഷത്തിനെ കേൾപ്പിക്കണം ഏഴ് ദിവസം ഭാഗവതം കേട്ടു ഇപ്പൊ ഭാഗവതം കേൾപ്പിക്കുന്നത് പരീക്ഷത്ത് മഹാരാജാവിനെ ശപിച്ചു മുനികുമാരൻ എന്താ ശാപം മുനിയുടെ കഴുത്തിൽ പാമ്പിനെ ചത്ത പാമ്പിന്റെ ജടമിട്ട് അദ്ദേഹത്തിന് അപമാനിച്ചു ഇത് കണ്ട മുനികുമാരൻ ശപിക്കുന്നത് ഏതൊരു പാമ്പിന്റെ ജഡമാണോ അച്ഛന്റെ കഴുത്തിലിട്ട് കഴുത്തിലിട്ടുകൊണ്ട് അപമാനിച്ചിരിക്കുന്നത് അതേ പാമ്പുകളുടെ രാജാവായ തക്ഷകൻ കടിച്ചു നീ മരിക്കട്ടെ ഇന്ന് തൊട്ട് ഏഴാമത്തെ ദിവസം തക്ഷകനാൽ മൃത്യു സംഭവിക്കും പരീക്ഷത്തിന്റെ മുന്നിൽ ഏഴ് ദിവസമുണ്ട് ഏഴാമത്തെ ദിവസം ആര് വരും തക്ഷകന്റെ മരണം ഡെഫിനിറ്റാണ് ആ തക്ഷകനെ നേരിടണം തക്ഷകന്റെ മുന്നിൽ മനസ്സൊരിക്കലും പതറരുത് തളരുത് മൃത്യുവിനെ അഭിമുഖീകരിക്കണം ഇതിനെന്താണ് മാർഗം ഐ ഷുഡ് ഫേസ് ഡെത്ത് എന്നാണ് പരീക്ഷത്തിന്റെ മനസ്സിലുള്ളത് ആർക്കും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് ശ്രീശുഖ ബ്രഹ്മഷി തരേണ്ടത് ശ്രീശുഖ ചോദിക്കുന്ന ചോദ്യം ഇതാണ് പുരുഷസേഹ യാര്യം മിയമാണസ് ഐ ഹാവ് ടു ഫേസ് ഡെത്ത് നോ ഡൗട്ട് i have only seven days now within that seven days i should make my mind strong is there anything in you to help me what did parikshith told bariana yes i have bhagavatam you listen seven days undallo agidegile seven days konde shrimad bhagavatam kelkelko parikshithine bhagavatam kelpikkatha ഏഴാമത്തെ ദിവസം രാവിലെ കുറച്ചു കഴിഞ്ഞാൽ ആരവരും എനി ടൈം തക്ഷകൻ വിൽക്കം ഹി വിൽ ബൈറ്റ് അതിനു മുമ്പ് പരീക്ഷത്തിന് ഭാഗവതമെല്ലാം പറഞ്ഞ് ഉപസമരിപ്പിച്ചു പറയാണ് ശരീരം തക്ഷകൻ തൊട്ടാലും മനസ്സിനെ തൊടാൻ തക്ഷകന് സാധ്യല്ല മനസ്സ് നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യ ഇനി മനസ്സിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ മനസ്സിന് പോലും ശക്തി പകരുന്ന ഒരു തേജസ് ഒരു ജീവചൈതന്യം ഒരു ലൈഫ് ഫോഴ്സ് അത് നമ്മളിലുണ്ട് ആ തേജസ്സിലേക്ക് മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കണം അത് സൂക്ഷ്മമായതുകൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമായതുകൊണ്ട് ഒരു രൂപത്തിൽ ഈശ്വര രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് തുടങ്ങും അങ്ങനെ അങ്ങയുടെ മനസ്സിനെ ഈശ്വര രൂപത്തിൽ ഉറപ്പിക്കുകയാണെങ്കിൽ ആ ശക്തി ഈശ്വരീയമായ ശക്തി ആർക്കും കിട്ടും മനസ്സ് ഈശ്വരനോട് ചേരും തോറും ഈശ്വരീയ ശക്തിയോട് ചേരും തോറും ആ ശക്തി മനസ്സിലും കിട്ടും ഞാൻ തീയോടടുക്കും തോറും തീയുടെ ചൂട് എനിക്ക് കിട്ടുന്നത് പോലെ എന്റെ കിട്ടും ഈ സ്ട്രെങ്ത് കൊണ്ട് വേണം യുഡ് ടു ഫ്രീസ് ദ ഡെങ് എന്ന് ഉപദേശം ഏഴാമത്തെ ദിവസം പരീക്ഷത്തിനോട് ചോദിക്കാന് ന വാട്ട് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് യു ആർ ഹാപ്പി അതിനുത്തരം പറയുന്നത് ഭഗവൻ takshagaadibhyo vrttyavyo na viveeham i have no fear even a single ur atom of fear in me i am not worried about death though i can face death evadhu kitti shakti evadhu kitti ange ki dhairyam agnyanam cha nidastam e jnana vidnyana nishtaya now i am very clear jnana vidnyana nishtaya There is some power in me. But ishariya my shakti then he will do that. Bhavada darshilam chayamam param bhagavada padam Now my mind is not with death. Now my mind is not worried about death. Not with the darshan. Now it is established. I could keep my mind. Contrete my mind with the Lord's feet. ഭഗവാന്റെ പാദത്തിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കാൻ ഇന്നെനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഐ ആം നോട്ട് അറ്റ് ഓൾ വറീഡ് അബൌട്ട് ഈ സ്റ്റേറ്റിലേക്ക് പരീക്ഷത്തിനെ ഉയർത്താൻ ആർക്ക് സാധിച്ചു ശ്രീശുഖബ്രഹ്മഷയ്ക്ക് അവിടെയാണ് ഭാഗവതത്തിന്റെ മഹത്വം ഇതുപോലെ അതേ ഭാഗവതത്തെ ഉപാസിച്ച് ഉപാസിച്ച് ശ്ലോകരൂപത്തിൽ ഭഗവാനെ അർച്ചിച്ച് ആയുരാരോഗ്യ സൗഖ്യം മനസ്സിന് വാദത്തെ പോലും വാദരോഗത്തെപ്പോലും നേരിടാനുള്ള ഒരു ശക്തി ആരുടെ മനസ്സിന് കിട്ടി പെട്ടെന്ന് അപ്പൊ നമ്മളിത് ഉൾക്കൊണ്ടു കൊണ്ടുപോകുമ്പോഴല്ലേ ആ ശക്തി നമുക്ക് കിട്ടുള്ളൂ തത്ത വേദം ചൊല്ലിയത് കൊണ്ട് അർത്ഥം ഗ്രഹിക്കാൻ പറ്റുമോ ഉണ്ടോ പറ്റുമോ ഒരു പാരറ്റ് ഇങ്ങനെ പറയാണ് വി ആർ ഇന്ത്യൻസ് വി ഷുഡ് ബി ലീവിലേക്ക് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തത്തയുടെ മുന്നിൽ പൂച്ചയെ കൊണ്ടുവച്ചാലത് സ്വസ്ഥമായിട്ടിരിക്കൂടെ അതിന് ഭയം വരുന്നുണ്ട് അതിന് ചൊല്ലാനേ അറിയൂ അതിനെ അർത്ഥം ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നാൽ നമ്മളതിനെ ചൊല്ലിയാൽ മാത്രം പോരാ അതിനെ അർത്ഥം ഗ്രഹിക്കാം അവിടെയാണ് നമ്മൾ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും സൽസംഗത്തിലേക്ക് കടക്കേണ്ടത് സാധാരണ ഒരു ഹിന്ദു ആചാരത്തിൽ നിൽക്കുന്നവനാണ് ഫോർ ഹിം ഡിവോഷൻ മീൻസ് ഗോയിങ് ടു ദമ്പിൾ ഓഫറിംഗ് സംതിങ് ദിസ് എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ആചാരത്തിൽ നിന്നും എവിടേക്ക് കിടക്കണം സൽസംഗത്തിലേക്ക് അപ്പോഴാണ് നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദി സ്ലോഗാൻ വട്ട് ഈസ് ദി മീനിങ് ഞാൻ ഡെയിലി ചൊല്ലുന്നുണ്ട് ഗായേനവാച മനസ്സേൻ തിരുവ്യാത്മനാവ പ്രകൃതി സ്വഭാവിയ സകലമി നാരായണായുട്ട് ഐ ഓഫർ എങ്ങനെ അറിയാൻ പറ്റൂ പൊതുവെ നമുക്കത് അറിയാൻ പറ്റില്ല പറ്റൂ ആളുകൾ മരിച്ചവർക്ക് വേണ്ടി പിണ്ടം വയ്ക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു വിശ്വാസം കൂടി വരികയാണ് മരിക്കുന്നത് നോക്കിയിട്ടില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാലെങ്കിലും പിണ്ടം വെക്കണം എന്നുള്ളത് അതൊരു വലിയൊരു വിശ്വാസമായിട്ടുണ്ട് അതായത് ചാവുന്നത് വരെ നോക്കരുത് മാക്സിമം അവരെ കഷ്ടപ്പെടുത്തണം ബുദ്ധിമുട്ടിക്കണം ചത്തുകഴിഞ്ഞാൽ ഗുരുള്ള ചോറ് സമർപ്പയാ ഇത് എളുപ്പ പടിയാണല്ലോ കാരണം മരിച്ചു കഴിഞ്ഞിട്ട് പിണ്ടം വെച്ചിട്ട് അവര് നേരെയാവുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നു നിങ്ങൾ പണ്ട് ഗുരുനാനാക്ക് പറഞ്ഞതുപോലെ ഒരാളിങ്ങനെ ഗംഗയിലിരുന്ന് തർപ്പണം ചെയ്യണം തർപ്പണം ചെയ്യുന്ന സമയത്ത് പിതൃബ്യോ നമ കുരുഭിയോ നമ എന്നൊക്കെ പറഞ്ഞു തർപ്പണം ചെയ്തു ഗുരുനാനാക്ക് കേട്ടിട്ടുണ്ടല്ലോ സിഖ് മതത്തിന്റെ ആചാര്യം ഇതേം ചോദിച്ചു ആഖ്യാകർത്തയെന്ന് വെച്ചു പറഞ്ഞു നമ്മുടെ പൂർവികന്മാർക്കെല്ലാം വെള്ളം എത്തിക്കുകയാണ് ഉടനെ ഗുരുനാനാക്ക് കൈക്കുമ്പിളിൽ വെള്ളമെടുത്തുകൊണ്ട് ഇങ്ങനെ ഗംഗയുടെ കരയിലേക്ക് കുടിക്കാൻ തുടങ്ങും ഈ പണ്ഡിതൻ ചോദിച്ചു ആഖ്യാകർത്തയെ ചോദിച്ചു പറഞ്ഞ ഒരു കിലോമീറ്റർ അകലെ എനിക്കൊരു വയലുണ്ട് അവിടേക്ക് വെള്ളം എത്തിക്കുകയാണ് നോൺ സെൻസിയർ ടോക്കിംഗ് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള വയലിലേക്ക് ഇങ്ങനെ വെള്ളമൊഴിച്ചാലെത്തുമോ അപ്പൊ അദ്ദേഹം പറയണേ എന്തോ മരിച്ചുപോയ ആൾക്കാർക്ക് ഇങ്ങനെ വെള്ളമൊഴിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ അകലെയുള്ള വയലിലേക്ക് ഞാൻ വെള്ളമൊഴിച്ചാലും കിട്ടണം അല്ലെ ശരി ചിന്തിച്ചു പോകും നിങ്ങൾ അങ്ങനെയാണ് ആളുകൾ ആചാരങ്ങളിലാണ് പ്രാധാന്യം ത്തിൽ നിന്നും നമ്മുടെ മനസ്സ് ഒരുപടി ഉയരണം ആചാരങ്ങൾ വച്ചിരിക്കുന്നത് നോട്ട് ടു സാറ്റിസ്ഫൈ ഗോഡ് അത് വളരെ വ്യക്തമാണ് നിങ്ങളൊരു മാല അർപ്പിച്ചതുകൊണ്ട് നോ ഗോഡ് ഈസ് ഗെറ്റിംഗ് സാറ്റിസ്ഫാക്ഷൻ ട്രൂ ഈശ്വരൻ നമ്മൾ മാല ചാർത്തുമ്പോഴല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈശ്വരൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടാണ് സമർപ്പണം കണ്ടിട്ടാണ് ആറ്റിറ്റ്യൂഡിലാണ് ഈശ്വരൻ സമൃദ്ധനാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം എത്രയോ കാലമായിട്ട് നമ്മൾ പാലൊഴിച്ചും വിഗ്രഹത്തിൽ പാലൊഴിച്ചും മാലചാർത്തയും പൊട്ടു തൊട്ടിട്ടാണ് ഈശ്വരനെ സന്തോഷിപ്പിക്കുന്നത് അങ്ങനെ ഈശ്വരൻ സന്തോഷിപ്പിക്കുമായിരുന്നു എങ്കിൽ ശാസ്ത്രങ്ങളിലൊക്കെ അതെഴുതി വെച്ചാൽ മതിയിരുന്നു ദിവസവും രാവിലെ നിങ്ങൾ രണ്ട് ലിറ്റർ പാലിന്റെ തലയിൽ ഒഴിക്കണം അതും നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം ഭഗവാൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ പശുവിന്റെ പാൽ തന്നെ ഒഴിക്കണം അല്ലേ കുളിച്ച് പശുവിനെ കറന്ന് ശുദ്ധമായിട്ട് വേണം ആ പാൽ കൊണ്ട് വേണം ആരെ അഭിഷേകം ചെയ്യാൻ ഇന്നത്തെ പാക്കറ്റ് പാൽ കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് ഭഗവാൻ ചോദിച്ചിട്ടുണ്ടോ പാക്കറ്റ് പാലെന്ന് പറയുന്നത് മിക്കവാറും എരുമയുടെ പാലാണ് അപ്പൊ ഭഗവാൻ അലർജിയിൽ വരേണ്ടത് അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കും കുറെ ആചാരാനുഷ്ഠാനം സിസ്റ്റം അതുപോലെ ഫോളോ ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല ഉദാഹരണത്തിന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ പ്രദക്ഷിണം വയ്ക്ക അമ്പലത്തിൽ പോയി തൊഴുതാ പ്രദക്ഷിണം വെക്കണം നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കാൻ പറ്റുമോ പറ്റുമോ പുറത്ത് വയ്ക്കാൻ പറ്റുമോ അകത്ത് വയ്ക്കാൻ പറ്റുമോ മുക്കാൽ ഭാഗം പ്രദക്ഷിണം വെച്ച് പോട്ടെ നിങ്ങൾ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ആ സിസ്റ്റം മുഴുവൻ ഈ യുഗത്തിൽ കൊണ്ടു ഇപ്പൊ ആചാരങ്ങളൊക്കെ എന്തിനാ പറഞ്ഞിരിക്കുന്നത് എല്ലാ ആചാരങ്ങളും പറയുന്നത് നമുക്ക് കൂടുതൽ ഈശ്വരനെ അറിയാനുള്ളൊരു അഭിരുചി അതിനെ പറയാ രോശ്രുതി രോചനം വരാൻ ഒരു ഒരു ഇൻട്രസ്റ്റ് വരാൻ യു ഷുഡ് ആസ്ക്സ് ഗോഡ് ആൻഡ് വേർസ് ഹൗ കാൻ ഐ സാറ്റിസ്ഫൈസ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അത്രേ വെച്ചിരിക്കുന്നത് aharam anustara so one day you will ask whether the god is satisfied with my action is it really happening nammal really chodikku ada idu chodikkanulla oru oru question undavarulla oru vadi unda ki tharanana namukku inganeyulla aacharangal okke vechirikkutha angeru question ningala ullil vannal pinne ningal engott theriyanam sal sangathrikke abade yana namukku ആചാര്യന്മാരിലൂടെ എഴുതിവച്ചിരിക്കുന്ന ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥങ്ങളും ഈശ്വരൻ ഭഗവാന്റെ ഉപദേശങ്ങളും ഭഗവാൻ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും പൂജയിലാണ് ഭഗവാൻ ശരിക്കും സംതൃപ്തനാവണെന്നും ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്താണ് മാർഗമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അവലൂടെ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികളെപ്പോഴുള്ളവർ പറയും ക്ഷേത്രദർശനം ഒരു പടിവരെയും നമ്മളെ സഹായിക്കുന്നു അത് കഴിഞ്ഞാൽ സൽസംഗത്തെ നിസ്സംഗത്വം അല്ലെ സൽസംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്തെ നിഴ്മോഹത്വം നിഴമോഹേ നിശ്ചലതത്വം ജീവൻ മുക്തി സൽസംഗത്ത് തന്നെ വേണം നമ്മൾ ഉയരണം അതിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പണ്ട് കൗരവ പാണ്ഡവ യുദ്ധം കഴിഞ്ഞു യുദ്ധമൊക്കെ കഴിഞ്ഞ് ധർമ്മപുത്രക്ക് തീരെ മനസമാധാനമില്ല സ്വസ്ഥത തീരല്ല മനസ്സ് മുഴുവൻ അശാന്തി പതേ പറഞ്ഞു കൃഷ്ണ മനസ്സ് പറയണോ തീർത്ഥാടനം ചെയ്താൽ ശരിയാവുന്നു തീർത്ഥാടനം അന്നാണെങ്കിൽ ഹരിദ്വാർ ഋഷികേശ് ബദ്രീനാഥ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് വരാം കൃഷ്ണൻ കൂടെ വരുന്നു വെച്ചു ഭഗവാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു ഞാനില്ല ഹേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലേ കൃഷ്ണ കൃഷ്ണൻ കൂടെ വന്നേ പറ്റുള്ളൂ വളരെ നിർബന്ധിച്ചോ ഭഗവാൻ പറഞ്ഞു പാഞ്ചാലിയോട് പറഞ്ഞു ഒരു വെള്ളരിക്കെടുത്തുകൊണ്ട് വരാൻ അടുക്കളയില്ല കൊക്കും പറഞ്ഞു എടുത്തുകൊണ്ട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞ പ്രകാരം പാഞ്ചാലി കൊണ്ടുവന്നു ഭഗവാൻ പാഞ്ചാലിയോട് പറഞ്ഞു കത്തിയും വേണമെന്ന് അപ്പൊ പാണ്ഡവന്മാർക്ക് വളരെ അതിശയം എന്താ ഈ ഭഗവാൻ ചെയ്യാൻ പോകണോ ഭഗവാൻ എന്ത് ചെയ്തു ആ വെള്ളരിക്ക കൊക്കുമ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തു എന്നിട്ടൊരു ഒരു ഭാഗത്തിന്റെ തോലൊക്കെ എടുത്തു ഭഗവാൻ ഭഗവാൻ തന്നെ എന്നിട്ട് അതിനെ ചെറിയ പീസ് പീസ് പീസാക്കി മുറിച്ചിട്ട് പാണ്ഡവർക്കെല്ലാം ഒരു പീസും എടുത്തു ഭയങ്കര കയ്പ് നല്ല മൂത്ത വെള്ളരിക്കയ്ക്ക് തന്നെ കയ്പല്ലേ എല്ലാവർക്കും കഴിപ്പ് ഭഗവാൻ കഴിച്ചിട്ട് പറഞ്ഞു കയ്പാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് അപ്പോ ഭീമൻ ചോദിച്ചത് എന്താ നാച്ചുറോപ്പതി പരിശീലിപ്പിക്കുകയാണോ ഞങ്ങളേത് ഈ നാച്ചുറോപ്പതിക്കാരാണുള്ള പച്ച കഴിക്കെല്ലാം അവര് റോ കഴിക്കുന്നവര് അല്ല ഭഗവാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചിട്ടേ ഇത് മറക്കരുത് ഇതിന്റെ ടേസ്റ്റ് മറക്കരുത് അതെന്തിനാണ് ഇനി രണ്ടാമത്തെ പീസ് ഭഗവാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് പകരം നിങ്ങൾ ഇത് കൊണ്ടുപോയാൽ എന്തിനാ കൃഷ്ണ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നു ആ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ആരാ പ്രാർത്ഥന കേൾക്കുന്നത് ഈ വെള്ളരിക്കും കുറേ കേൾക്കും നിങ്ങൾ ഏതെല്ലാം പുണ്യ കുളിക്കുന്നു ഞാൻ കുളിക്കുന്നത് പോലെ ആരെ കുളിപ്പിക്കണം എല്ലാം വെള്ളരിക്കുക ചെയ്ത പാണ്ഡവര് പൊട്ടന്മാര് ഒരു സാധനം കൊണ്ടുപോയി എല്ലാ ക്ഷേത്രങ്ങളും ഗംഗയിൽ കുളിച്ചു അടകനന്ദിയിൽ കുളിച്ചു മന്ദാകരിയിൽ കുളിച്ചു യമുനോത്രയിൽ കുളിച്ചു പല നദികളിലും പവിത്ര കുളിച്ച് ഏറെക്കുറെ ഇന്നത്തെ പോലെ നമുക്ക് ബസ് സൌകര്യം തന്നില്ലല്ലോ കാളവണ്ടിയിൽ തന്നെ പോണല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ അന്നത്തെ യാത്ര ഒരൊന്നൊന്നര മാസം കൊണ്ട് അവർ തിരിച്ചെത്തി ഭഗവാൻ അപ്പോഴും അവരുടെ വീട്ടിലിരിക്കുന്നുണ്ട് ഓ സ്വീകരിച്ചു പണ്ടന്മാരെ തീർത്ഥാടനം കഴിഞ്ഞിട്ട് വരികയാണ് എങ്ങനെയുണ്ടായിരുന്നു തീർത്ഥാടനം ഓ ഗംഭീര അടിപൊളി നല്ല ദർശനം നന്നായി കുളിച്ചു പാപങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും വലിയ കൃഷ്ണത് ഉറപ്പില്ലേ തീർന്നു ആരും സർട്ടിഫിക്കണം കൃഷ്ണൻ ഉടനെ ഭഗവാൻ പറഞ്ഞു എന്റെ വെള്ളരിക്കവിടെ എനിക്കു പകരം കൊണ്ടുപോയ സാധനമാണല്ലോ അത് തരുമോ വെള്ളരിക്കു ഭഗവാൻ തന്നെ അതിന്റെ തോലൊക്കെ വീണ്ടും അപ്പോഴും നല്ല പഴുത്തിട്ടുണ്ട് കാരണം പകുതി ആ രൂപത്തിലായിട്ടുണ്ട് പല നദിയിലും കുളിപ്പിച്ചതാണേ ഭഗവാൻ തോലൊക്കെ അച്ചത്തി പാണ്ഡവന്മാർക്ക് വളരെ അല്പതായി ഇനിയിപ്പെന്താ ചെയ്യാൻ പോണത് ഭഗവാൻ അതിനെ പീസ് പീസാക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു അപ്പൊ അവരിത് പ്രസാദത്തോടെങ്ങനെ സ്വീകരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു കടിച്ചു നോക്കൂ അവരോരോരുത്തരത് കടിക്കാ കടിച്ചു ചവയ്ക്കാൻ തുടങ്ങി ചവച്ച് ചവച്ച ഓരോരുത്തരെ മുഖം നോക്കി പറയാൻ പറ്റണ്ടെങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊരു സാധനത്തിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ലേ അവരുടെ നോക്കിയാൽ മതി അല്ലേ ലഡു കഴിക്കുന്ന സമയത്ത് അവരുടെ മുഖം നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ എങ്ങനെയായിരിക്കും അതിന്റെ ടേസ്റ്റ് എന്നുള്ളത് ഓരോ കറികളും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഓരോരു ആക്ഷനിൽ അറിയാൻ പറ്റും അതിന്റെ ടേസ്റ്റ് എന്താ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടോ എന്ന് ആവശ്യമില്ല എക്സ്പ്രഷനിൽ അറിയാൻ പറ്റും അപ്പം ഭഗവാൻ നോക്കിയപ്പോൾ ഭഗവാൻ കൊടുത്തതല്ലേ എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ കഴിക്കുന്നത് ചില ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിൽ മുക്കിയപ്പോഴേ അവർക്ക് വെള്ളത്തിന്റെ ക്വാളിറ്റി നന്നായിട്ട് അറിയാം അതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ പമ്പയിൽ ഒരു സാധനം മുക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പമ്പയിൽ കുളിച്ചവരാണെങ്കിൽ പിന്നത് അത്ര വേഗത്തിലൊന്നും കഴിക്കില്ല അത് അത്ര മാലിന്യത്തിന്റെ വാസന ഉണ്ട് അതിനകൾ കഴിച്ചു ആ കയ്പവരെ വല്ലാതെ ആ മുഖത്ത് കണ്ടു ഭഗവാൻ പറഞ്ഞു ഇതുപോലെയാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സ് എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന അവ സമയത്തുള്ള മനസ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് അത് തീർത്ഥാടനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യം ഇത്ര ക്ലിയറാണത് തീർത്ഥാടനം ചെയ്ത തൽക്കാലത്തേക്കൊക്കെ നമുക്ക് തോന്നും പക്ഷെ വീണ്ടും ഈ ചിന്തകളെല്ലാം നമ്മളെ വേദനിപ്പിക്കാൻ തുടങ്ങും ചിന്തകളുടെ കൂടാരമാണ് മനസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ജീവിതവും ഒരു വയസ്സിന്റെ ജീവിതവും നോക്കിയാൽ കാണാം ചെറിയ കുട്ടികളാവുമ്പോ ഹോ ആ കുട്ടിയെ അറ്റൻഡ് ചെയ്യാൻ എത്ര ആളുകള് അതിനെ സ്നേഹം കൊടുക്കാൻ എത്ര ആളുകള് എടുക്കാൻ എത്ര ആളുകള് കുഞ്ചിപ്പിക്കാൻ എത്ര ആളുകള് അല്ലെ താലോലിക്കാൻ എത്ര ആള് അതിനെക്കൊണ്ട് വർത്തമാനം പറയിപ്പിക്കാൻ എത്ര ആള് അത് വർത്തമാനം പറയുന്നത് കേൾക്കാൻ എത്ര ആള് സോ നൈസ് എന്താ അതിനോട് കാണിക്കുന്നത് അതേ സാധനം ഒരു തൊണ്ണൂറ്റെട്ട് വയസ്സായിരിക്കുക ഒരാളും അറ്റൻഡ് ചെയ്യാനില്ല ശബ്ദിക്കുന്നതേ അപകടം നേരത്തെ ഹൗ ക്യൂട്ട് ഹൗ നൈസ് എന്ന് പറഞ്ഞ ആൾക്കാർ പറയും ഹൗ ഹൊറബിൾ എന്ന് ഒരു വായ തുറക്കണതേ അപകടം ഒരാൾ അറ്റൻഡ് ചെയ്യാനില്ല ഒരാൾ അപ്രിഷിയേറ്റ് ചെയ്യാനില്ല എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാനാളില്ല അല്ലെ നോക്കൂ നിങ്ങൾ രണ്ട് എക്സ്ട്രീം അല്ലേ മനുഷ്യ ജീവിതം കുട്ടിക്കാലത്ത് വാണ്ടഡ് പേഴ്സണാലിറ്റി ആണെങ്കിൽ വയസ്സാകുന്ന സമയത്ത് അൺവാണ്ടഡ് ആയി കഴിഞ്ഞു നോക്കൂ നിങ്ങൾ എന്തുകൊണ്ടായിരിക്കുന്നത് കുട്ടിക്കാലത്ത് കുട്ടിയുടെ മനസ്സ് ഫ്രീ ആണ് ഒന്നുമില്ലേ മനസ്സുകൾ അല്ലേ സ്വതന്ത്രമാണ് മനസ്സ് വയസ്സാകുമ്പോഴേക്കും മനസ്സ് മുഴുവൻ നമ്മൾ കേടുവരുത്തിക്കളഞ്ഞു വേണ്ടാത്തത് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് മുഴുവൻ അപകടമാക്കി മനസ്സ് വേണ്ടാത്തത് ചിന്തിച്ച് അപകടമാക്കും തോറും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നകന്ന് വേണ്ടാത്തവരായി ശരീരം കൊണ്ടല്ല നമ്മൾ വേണ്ടാത്തവരായി തീരുന്നത് നമ്മൾ വേണ്ടാത്തവരായി തീരുന്നത് മനസ്സുകൊണ്ടാണ് അപ്പൊ നമ്മൾ കുട്ടികളെ പോലെ വയസ്സാകും തോറും വേണ്ടവരായി തീരാൻ അതിനെന്ത് മനസ്സാണ് നമുക്ക് വേണ്ടത് അവിടെയാണ് നമ്മൾ ആത്മീയത ഉൾക്കൊള്ളാകേണ്ടത് എത്ര കണ്ട് നിങ്ങളുടെ മനസ്സ് ആത്മീയമായ ശക്തിയുള്ളതാണോ അത്ര കണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ടവരായി തീരും നമ്മളിൽ നിന്ന് പോകുന്ന ഒരു ഊർജം നമ്മളിൽ നിന്ന് പോകുന്ന ഒരു ശക്തി ചിന്ത അത് മറ്റുള്ളവർക്ക് പോലും ഒരു ഉണർവ് കൊടുക്കുന്ന ചിന്തയാകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ ആവശ്യം വരും നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ കാണാം നമ്മളെ തളർത്തുന്ന ചിന്തകളുള്ളവരെ നമ്മൾ വേഗം ഒഴിവാക്കും ഈ സംബഡി ക്രിട്ടിസൈസ് യു മോർ ഇവ ലോട്ടം ഇല്ലേ നമുക്ക് അവരെ കുറെ കഴിഞ്ഞ് ഉൾക്കൊള്ളാൻ പറ്റില്ല നേരെ നമ്മളെ ഉയർത്തുന്ന ആളുകളാണെങ്കിൽ നമ്മളവരെ കൂടുതൽ കൂടുതൽ അടുക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്യാസിമാരുടെ പിന്നാലെ ആൾക്കാർ കൂടുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ ആളുകൾ കൂടുന്ന മറ്റൊന്നുമല്ല ഞങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില ചിന്തകൾ അവരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അവർക്കതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ തളരുന്നൊരു മനസ്സിന് ഉണർവ് കൊടുക്കുമ്പോൾ അവരിലേക്ക് കൂടുതൽ കൂടുതൽ കൂടുതൽ ആകളകൾ എടുക്കും മനസ്സെന്ന് പറയുന്നത് അതിനെ ആകർഷിക്കാനും വികസിക്കാനും സാധിക്കും ഇറ്റ് ക്യാൻ അട്രാക്റ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഡിറ്റാച്ച് ഡിസ്ട്രാക്ട് രണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർഫുൾ സാധനമാണ് ഇത് ഹ്യൂമൻ ഒരു വശത്തത് അട്രാക്ട് ചെയ്യും മറുവശത്തത് ഡിറ്റാച്ച് ചെയ്യും മാറി നിൽക്കും അത് നമ്മൾ വീടിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് വേറെ ചിലരുന്ന് അത് നമ്മൾ ഡിറ്റാച്ച് ആയിരിക്കും നാം ഈശ്വരനോട് കൂടുതൽ അടുക്കുമ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ അറൗണ്ട് നമ്മുടെ കൂടെ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിലതുണ്ടായിരിക്കും മനസ്സിനെ കൂടുതൽ പവർഫുള്ളാക്കും അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല ഈ ലോകത്തിലൊരു ശാസ്ത്രജ്ഞനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മുടെ ആചാര്യന്മാർ അനുഭവത്തിലൂടെ പറയുന്നത് മനസ്സിനെ ആത്മീയമായി ശക്തിയുള്ളതാക്കിയാൽ മനസ്സ് കൂടുതൽ കൂടുതൽ ശക്തിയുള്ളതായി തീർന്നു മനസ്സ് പവർഫുള്ളാകും തോറും ജീവിതം പവർഫുള്ളായി അതിനാണ് നമ്മൾ നാരായണീയം കേൾക്കേണ്ടതും പഠിക്കുന്നത് സാധാരണ ശ്രീമൽ ഭാഗവത സപ്താഹം പോലെയാണ് ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീമൽ ഭാഗവത സപ്താഹത്തിൽ ആദ്യത്തെ ദിവസം വരാഹാവതാരം വരും രണ്ടാമത്തെ ദിവസം ഋഷഭാവതാരം വരും മൂന്നാമത്തെ ദിവസം നരസിംഹാവതാരം വരും നാലാമത്തെ ദിവസം കൃഷ്ണാവതാരം വരും അഞ്ചാമത്തെ ദിവസം രുക്മിണീശ്വരം വരും ആറാമത്തെ ദിവസം ഹംസാവതാരം വരും ഏഴാമത്തെ ദിവസം കൺക്ലൂഡ് ചെയ്യും ഇതാണ് ഭാഗവതമെങ്കിൽ നാരായണീയത്തിൽ ആദ്യത്തെ ദിവസം വരാഹാവതാരത്തെ കാണും രണ്ടാമത്തെ ദിവസം നരസിംഹാവതാരത്തെ കാണും മൂന്നാമത്തെ ദിവസം കൃഷ്ണാവതാരം കാണും നാലാമത്തെ ദിവസം കൃഷ്ണലീലകൾ അഞ്ചാമത്തെ ദിവസം രുക്മിണീ സേവരം ആറാമത്തെ ദിവസം ഭഗവാന്റെ നിന്നി നവയോഗി സംവാദം എന്ന് പറയുന്ന അച്ഛനുമായിട്ടുള്ള സംവാദം ഏഴാമത്തെ ദിവസം കേശാതിപാദം കണ്ടുകൊണ്ടുള്ള ഉപസംഹാരം ഇങ്ങനെ ശ്രീമത് ഭാഗവതം ചിട്ടപ്പെടുത്തിയത് പോലെയാണ് ഹേതും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നാരായണീയത്തെയും ചിട്ടപ്പെടുത്തിയിരിക്കും വളരെയധികം പ്രയോജനകരമായി തീർക്കാം അതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവും ജീവിതത്തിന് ഒരു വ്യക്തതയുണ്ട് മനസ്സെന്ന് പറയുന്നത് ശരീരം പോലെയല്ലത് മനസ്സിന് ഇനിയും വളരാം ശരീരത്തിനൊരു പരിധി വരെ വളരാൻ പറ്റുള്ളൂ mind can grow in extent nammada poorvikar okke anengile aatmideyilekku valarnathu ellam avare vayasa kalatha raghnagaram endu pariyadha kallan vaalmiki rishiye therunathu kudumba mokke ayidine shesham aanu alle hariy makkal okke therunna vishesham even after the family the life the family life we can grow mentally ഇനി നിങ്ങൾ ഭട്ടതിരിപ്പാടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് അത്രമാത്രം വഴുകി മുഴുകിയതിനു ശേഷമാണ് ആത്മീയമായി അദ്ദേഹം ഉയരുന്നത് മൈൻഡ് ക്യാൻ ഗ്രോ അറ്റ് എനി ടൈം പക്ഷേ ഇന്ന് നമുക്ക് എന്ത് പറ്റണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എയ്റ്റ് ആവുന്നതോടുകൂടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നു ഇനി എനിക്ക് യാതൊരു ഗ്രോത്തുമില്ല സോ വി ഷൌൺ അവർ ഗ്രോത്ത് അതുകൊണ്ടായിരിക്കാം പലർക്കും ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ വെറുപ്പും നീരസവും അടുപ്പും തോന്നുന്നത് ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ ഗ്രോത്തിനെ പിടിച്ചു നിർത്തരുത് മനസ്സിനെയും വളരാൻ അനുവദിക്കണം എത്രമാത്രം മനസ്സിന് വളരാൻ സാധിക്കും എത്ര വളർന്ന ആളാണോ അഭിമുഖീകരിക്കാൻ സാധിക്കുക ആ ഒരു സ്റ്റേജ് വരെ ആർക്ക് വളരാം മനസ്സിന് അതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തിലെപ്പോഴും ഡിഫറൻ്റായിട്ടുള്ള ആളുകളെ കാണാം different mental attitude Attitude is more w Calvin You've have to do it You've have to be a little a little Your stack is very well Your mind is so difficult Your mind is the He has to be feeling his mom his mom is the body His mind is the ഉള്ളിലങ്ങനെ അട്ടക് സപ്തസ് ചെയ്യും ഇങ്ങനെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി നമുക്ക് സമൂഹത്തിൽ കാണാം പക്ഷേ നാം കൂടുതൽ ആദരിക്കുന്നവർ ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ സാധിക്കുന്നവരെ നമ്മൾ നമ്മളെക്കാളും കുറച്ചുകൂടി ഉയർന്നവരായിട്ട് കാണും അല്ലേ ഏത് പ്രശ്നത്തിലും തളരാതെ അഭിമുഖീകരിക്കാനുള്ളൊരു മനസ്സുള്ള വ്യക്തി എപ്പോഴും നമ്മളെ മുന്നിൽ ഒരു ചോദ്യചിഹ്ന മാർക്കാണ് ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മളെപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ട് പറയും എനിക്ക് അയാളെപ്പോലെ ആവണം എനിക്ക് മയാളെപ്പോലെ ഒരു സ്ട്രോങ് മൈൻഡ് നേടണം ഇങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലർക്കും അത് നേടാൻ സാധിക്കാറില്ല ഇപ്പൊ വീട്ടിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും പറയണോ അമ്മ അതിൽ തളരണോ ഉടനെ തന്നെ കുട്ടിക്ക് അമ്മയോട് സഹതാപല്ല കുട്ടി ഉടനെ അമ്മയെ ക്രിറ്റിസൈസ് തോന്നുകൊണ്ട് പറയും ഇതൊന്നും അമ്മയ്ക്ക് നിസ്സാരമായി കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് അമ്മ കണ്ടിരിക്കുന്നത് ചെയ്തത് ദറ്റ് മീൻസ് യു ആർ നോട്ട് മെന്റലി ഗ്രോണപ്പ് അല്ലേ പറയാമല്ലേ കുട്ടികൾ പോലും പറയും അപ്പൊ കുട്ടികൾക്ക് പോലും അമ്മയിലുള്ള റെസ്പെക്ട് ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് മനസ്സിന്റെ ബാലൻസ് നേടിയെടുക്കാൻ ഇതുപോലെ തന്നെ അച്ഛനും മേ ബി ഹി മേ ബി ഗ്രേറ്റ് ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് മെന്റലി ഡിസ്റ്റേബ്ഡ് ആവുമ്പോ ചിലപ്പോൾ കുട്ടികളാണ് ഇതിലൊന്നും തളരേണ്ട ആവശ്യമില്ല എന്ന് കുട്ടി അച്ഛനോട് പറയുമ്പോൾ അപ്പോഴാണ് ആ അച്ഛൻ മനസ്സിലാക്കുന്നത് ഞാൻ മെന്റലി വളർന്നിട്ടില്ല ഞാൻ ഇന്റലിക്ച്വലി ഒക്കെ വളർന്നിട്ടില്ല എനിക്ക് അറിവുണ്ട് കഴിവുണ്ട് പക്ഷേ ഇമോഷണലി ഞാൻ വീക്കാണ് പലപ്പോഴും നമ്മുടെ വീക്ക്നസ് നമ്മളാരും അറിയില്ല സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ എത്രമാത്രം ഉയർന്നിട്ടുണ്ട് तो एबडे आना नारायणी हमें हेल्प ही इनेद नेवर इमेजिन नथिंग विल कम टू माय लाइफ नो प्रॉब्लम विल एवर कम टू माय लाइफ नेवर इमेजिन दैट इन्नु आळुळुक्क அங்கரே ധാരണണ്ട് നത്തിങ് വിൽ ഹappen നമുക്കറിയാം വേൾഡ് ഈസ് നോട്ട് സേഫ് ഇത്രയൊക്കെ സെക്യൂരിറ്റി ഉള്ള നമ്മുടെ രാഷ്ട്രത്തിൽ ബോംബ് സ്ഫോടനം നിങ്ങൾ കാണവില്ലേ എവിടെ എന്താ പൊട്ടെന്നുള്ള ആർക്കറിയാം ഇനി ഇന്ത്യയിൽ കാണിച്ചാൽ ഏറ്റവും നല്ല സൗകര്യമാണ് പൊട്ടിക്കാൻ ഒരു പ്രയാസമില്ലയാണ് ഈവൺ ലോറിയിൽ പോലും എഴുതി വെക്കുക അതാണ് പെട്രോൾ ലോറിയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ പെട്രോൾ ലോറി പുറകിൽ നോക്കിയാൽ കാണാൻ നിൽക്കുക മേരാ ഭാരത് മഹാൻ എന്ന് അതിന്റെ താഴെ എഴുതി വയ്ക്കും ഹൈലി ഇൻഫ്ലെയിമബിൾ ഇതെപ്പോഴും പൊട്ടുന്നറിയില്ല അതുപോലെ എവിടെ എന്ത് ബോംബ് കൊണ്ടു വെച്ചാൽ അറിയാൻ പോകുന്നത് ഇപ്പൊ നിങ്ങളെ വീട്ടിന് മുന്നിൽ ഒരാളെ സഞ്ചി കൊണ്ടുവച്ച് ആർക്കറിയാം എന്ത് എന്താ സാധനം എന്നുള്ളത് എത്ര ദിവസം ഈ ബോംബൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടു ദിവസം ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അത് കഴിഞ്ഞു ബാഗ് പരിശോധിക്കലും മറ്റ എല്ലാ പരിശോധനയും മൂന്നാം ദിവസം ശങ്കരൻ വീണ്ടും തിങ്കൾ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം ആർക്കെത്ര എന്ത് എത്ര എന്താ ഒരു സേഫ് എവിടെയാണുള്ളത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തൃശ്ശൂർ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു ഞാൻ വരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഒരാൾ പറഞ്ഞു അതൊക്കെ തുറക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് നേരത്തെ പോടണം അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവരിന്നലെ മുതൽ തുറക്കൽ നിർത്തിയത് കാരണം തുറക്കുന്ന പറഞ്ഞ് അവരുടെ കൈ കഴിയാൻ തുടങ്ങി പിന്നെ ചിലരാണെങ്കിലുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ചിടും ഇതൊക്കെ ഓരോന്നിടത്ത് ഓരോന്നിടത്ത് ഓരോ അവരൊക്കെ ശപിച്ച് ശപിച്ച് ശവിച്ച് പിന്നെ തുറക്കുന്നവനും മടുക്കും അതായത് ബോംബുള്ളവൻ കാണിച്ചുകൊണ്ട് പോവോ ഒത്തിരി ബോധം അവർക്കുണ്ടാവേണ്ടതല്ലേ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഒന്നും എവിടെയും പെർഫെക്റ്റ് അല്ല ജീവിതത്തിൽ എന്ത് എവിടെ സംഭവിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ സാധ്യല്ല ഇന്നാണെങ്കിൽ നമ്മൾ താളം തെറ്റിയിട്ടാണ് ജീവിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യപ്രദമായിട്ടുള്ള ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം വസിക്കുന്ന സ്ഥലം ഇതൊന്നും നമുക്കിന്ന് ആരോഗ്യപ്രദമല്ല എപ്പോ ഏത് രോഗം വരുമെന്ന് പറയാൻ സാധ്യല്ല നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം അപൂർവ രോഗം ഇന്നത് വളരെ വളരെ കോമണായി മാറിക്കഴിഞ്ഞു അല്ലേ അതുപോലെ തന്നെ പലതും കുടുംബജീവിതം തന്നെ എത്രയോ മാറിക്കഴിഞ്ഞു പണ്ടുള്ളവർക്ക് കൂട്ടുകുടുംബ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒറ്റപ്പെടലിന്റെ ജീവിതം അനുഭവിച്ചു കുട്ടിക്കുക പലരും പ്രായം കൂടുതോറും ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് മാറുക ഇതൊന്നും ഇനി ആർക്കും മാറ്റിയെടുക്കാൻ സാധ്യല്ല പക്ഷേ ഈ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് തളരാതെ പതരാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാം മറ്റൊരു തലത്തിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു അതാണ് ആധ്യാത്മികമായൊരു ഉയർച്ച എന്ന് പറയുന്നത് അതിനാവട്ടെ നമ്മൾ നാരായണിയെ പഠിക്കുന്നത് നമ്മൾ കുറച്ച് ആത്മാർത്ഥതയോടെ ഇത് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വലിയൊരളവ് വരെ ഉയർത്താം നാം വലുതെന്ന് തോന്നുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ചെറുതായി കാണാം നാം സാധ്യമല്ല എന്ന് തോന്നുന്ന നമ്മുടെ മനസ്സിനെ നമുക്ക് ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ സാധ്യമാക്കി തീർക്കാം ഇമ്പോസിബിൾ എന്ന് തോന്നുന്നു പോസിബിൾ ആക്കാം പോസിബിൾ എന്ന് തോന്നുന്നതെല്ലാം നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും ഇതാവട്ടെ നമുക്കുള്ള ജീവിതം കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ആളുകൾക്ക് പണമുണ്ടാവും വീടുണ്ടാവും സ്നേഹിക്കാൻ ആളുണ്ടാവില്ലേ പട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി മൂന്ന് കാര്യങ്ങളാണ് ആളുകളുടെ കയ്യിലുണ്ടാവുക ഒന്ന് മൊബൈൽ ഫോൺ ഉണ്ടാവും ഭക്ഷണം കിട്ടാൻ ഹോട്ടലിലേക്ക് വിളിച്ചു പറയണം കാരണം കുക്ക് ചെയ്തിട്ട് കഴിക്കില്ല രണ്ടാമത്തത് ലോകവുമായി ബന്ധം മുഴുവൻ കമ്പ്യൂട്ടറിലൂടെ മാത്രമല്ല മൂന്നാമത്തത് സ്നേഹിക്കാനൊരു പട്ടി അപ്പൊ നമ്മൾ എവല്യൂഷനിൽ എത്തിക്കഴിഞ്ഞത് മനുഷ്യൻ മനുഷ്യനിലേക്ക് അടുക്കല്ല മനുഷ്യൻ പട്ടിയിലേക്ക് വീഴുന്നതാണ് ഏറെക്കുറെ അമേരിക്കൻ കൾച്ചർ അങ്ങനെയായി കഴിഞ്ഞു പട്ടിയില്ലാത്തൊരു ജീവിതം കുട്ടിയില്ലാത്ത ജീവിതത്തെക്കാൾ കഷ്ടമായിട്ടാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് കുട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പട്ടി നിർബന്ധമാണ് അത്രത്തോളം എത്തിക്കഴിഞ്ഞു കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് സ്നേഹവും അവന്റെ സമയവും അവന് ചെലവഴിക്കാൻ ഒരാൾ വേണം എത്രയൊക്കെയായാലും നമ്മുടെ കുട്ടിത്വമുള്ള മനസ്സ് വിട്ടുപോകില്ല കുട്ടിയാവാൻ ഇനി സാധ്യമില്ല കുട്ടികളുടെ കൂടെ കളിക്കാൻ സാധ്യല്ല കാരണം ഇന്നത്തെ കുട്ടികൾ പറയുക കാർട്ടൂൺ കണ്ടാൽ മതി കാർട്ടൂൺ പോലെയുള്ള ഒരു മുത്തശ്ശനെ ഞങ്ങൾക്ക് വേണ്ട കുട്ടികൾക്ക് മുത്തശ്ശൻ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് അവർക്ക് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തോട് വേഗം മതിയെന്ന് തോന്നും അതുകൊണ്ടാണ് പണ്ടുള്ളവർക്ക് നൂറു വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ മോഹമുണ്ടായിരുന്നു ഇന്നിപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ തന്നെ ആളുകൾ പ്രാർത്ഥിക്കുക വേഗം ഭഗവാനെ വിശേഷിയൂ വിശേഷിക്കൂ എന്നാണ് ഇനി അധികം ഇവിടെ കിടത്തരുതെന്നാണ് കാരണം കോൺഫിഡൻസ് ഓരോ ദിവസവും കൂടുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുക ലൈഫ് ഇന്ന് വളരെ വേസ്റ്റ് ആയിട്ടില്ല പക്ഷേ ഇനിയുള്ള തലമുറയ്ക്ക് ഇതിനേക്കാൾ കാരണം ഇന്നുള്ളവരുടെ അത്രയും സ്നേഹബന്ധങ്ങൾ ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാവാൻ പോകും നമുക്കറിയാം അത് ആർക്കും ഒന്നിനും സമയമില്ല പണ്ടുള്ളവർക്ക് കുറച്ചെങ്കിലും കേൾക്കാനുള്ള സമയമുണ്ടായിരുന്നു ഇന്ന് ആർക്കും ഒന്നും കേൾക്കാനുള്ളൊരു സമയമില്ല ഈവൻ ക്ഷേത്രത്തിൽ പോയാൽ പോലും സമയമില്ല ഒരു ഓട്ടം മകത്തേക്ക് ഒരു ഓട്ടം കിട്ടും ഭഗവാൻ തന്നെ വിചാരിക്കുകയാൾ എന്തിനാണ് വന്നത് കാരണം അയാൾക്കൊന്നിനും സമയമില്ല അയാൾക്ക് ഒന്നിനും സമയമില്ല ഭക്ഷണം തന്നെ പണ്ടുള്ളവർ കഴിക്കുന്നത് പോലെ ഇന്ന് എത്ര പേര് കഴിക്കുന്നുണ്ട് ആസ്വദിച്ച് എല്ലാം ഒരു വിഴുങ്ങലാണ് എങ്ങനെങ്കിലൊന്ന് വയറ് നിറയ്ക്കണം അതുകൊണ്ടായിരിക്കാം വിഴുങ്ങി വിഴുങ്ങി അവരുടെ രൂപങ്ങളും മാറുന്നത് ഒന്നിനു സമയമില്ലാത്ത ലോകത്തിൽ സ്നേഹമില്ലാത്തൊരു ലോകത്തിൽ ആരോഗ്യമില്ലാത്തൊരു ലോകത്തിൽ സംശയങ്ങളുടെയും മറവികളുടെയും ഒരു ലോകത്തിൽ ഇതിന്നെല്ലാം പുറത്തു കിടക്കാൻ തളരാതിരിക്കാൻ ഒരേ ഒരു മാർഗം മനസ്സിനെ ആത്മീയമായിട്ട് ഉയർത്തലാണ് അതിന് നമുക്ക് മാർഗം പറഞ്ഞു തരുന്നു നാരായണീയൻ തീർച്ചയായിട്ടും അതിനൊരു ശക്തിയുണ്ട് നാം എന്ത് ചിന്തിക്കുന്നു അതായിരിക്കും ജീവിതാനുഭവം ഇഫ് ദ തോട്ട് ഈസ് പോസിറ്റീവ് ദ ലൈഫ് ഹാസ് ടു ബി പോസിറ്റീവ് ഇഫ് ദ തോട്ട് ഈസ് നെഗറ്റീവ് ദ ലൈഫ് ഹാസ് ടു ബി നെഗറ്റീവ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എൻവൈറോൺമെന്റ് ആ എൻവൈറോൺമെന്റ് വരുന്നത് ഹ്യൂമൻ മൈൻഡിൽ നിന്നാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പോസിറ്റീവ് തോട്ടും ഒരാൾ നെഗറ്റീവ് തോട്ടുമാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കൊരു ഒരു ഫ്രിക്ഷൻ വരും അവിടെ എല്ലാവരും ഒരു പോസിറ്റീവ് തോട്ടാണെങ്കിൽ അവിടെ ഒരു ഹാർമണി വരും അല്ലെ നമ്മൾ ഫീൽ ചെയ്തു നമ്മുടെ വീടുകളിൽ നമുക്കറിയാം സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഒക്കെ ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചിൽഡ്രൻ ഒക്കെ ആണെങ്കിലും മെന്റലി ഡിഫറെന്റ് ആണ് എല്ലാവരും ഒരാളെ പോലെ ചിന്തിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുന്നില്ല നമുക്കറിയാം എങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ കുറേ കൂടി പോസിറ്റീവൈസ് ചെയ്യാൻ കുറേ കൂടി സ്ട്രോങ് ആക്കാൻ അതിനെന്താണ് മാർഗം അത് നാരായണീയത്തിലൂടെ കണ്ടെത്താം വലിയൊരു പരിവർത്തനം നമുക്ക് വരുത്താം പിതാമഹനെ ശരശരിയിൽ വീഴ്ത്തി പ്രധാനികളെയൊക്കെ കൊന്നു എന്ന കുറ്റംബോധം രാജ്യം വരിക്കാൻ തയ്യാറായ വധ നിൽക്കുന്ന ആ ധർമ്മപുത്രനെ മനസ്സിന് ധൈര്യവും ശക്തിയും കിട്ടാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ കൊണ്ടുപോകും അരുടെ അടുത്തേക്ക് ശരശയിൽ കിടക്കുന്ന ഭീഷ്മരൻ ശരീരം കൊണ്ട് ശരശത്തിലാണെങ്കിലും ഒരു ഭീഷ്മ പിതാമഹൻ അവിടെ വെച്ച് ഉപദേശങ്ങൾ കൊടുത്ത് മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടി മനസ്സിലെ പാപങ്ങൾ നീങ്ങാൻ വേണ്ടി കുറ്റബോധം നീങ്ങാൻ വേണ്ടി ഉപദേശിച്ച മന്ത്രമാണ് വിഷ്ണു സഹസം മുമ്പ് ചെയ്തിരിക്കുന്ന വേദനിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്ന അനുഭവങ്ങളാണത്രേ പിൽക്കാലത്ത് രോഗങ്ങളായി വരുന്നതെന്നാണ് ആയുർവേദ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം ആയുർവേദം ബി എ എം എസ് അവർ ചൊല്ല പഠിക്കുന്ന ഒരു മന്ത്രമാണ് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ദൃശ്യത്തെ അല്ലെങ്കിൽ മൂന്ന് വയസ്സുകാരന് ക്യാൻസർ വരുന്നത് എങ്ങനെയായിരിക്കും രണ്ടു വയസ്സുകാരന് രോഗങ്ങൾ വരുന്നത് എങ്ങനെയായിരിക്കും ഈ ജന്മം കുട്ടി അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുന്നില്ലല്ലോ ഈശ്വരൻ അവനെ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ പൂർവജന്മത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണ് ശ്രീരാമസ്വാമി അറിഞ്ഞുകൊണ്ടൊരാളെ വേദനിപ്പിച്ചിട്ടില്ല അത്ര സൽസ്വഭാവിയായിരുന്നു ശ്രീരാമസ്വാമി എന്നാൽ അദ്ദേഹത്തിന് പതിനാല് വർഷം കാട്ടിൽ പോകേണ്ടി വന്നു തീർച്ചയായിട്ടും ഒരു പൂർവജന്മങ്ങളുടെ പാപകർമ്മങ്ങൾ ഈശ്വരന്മാരെ പോലും വേട്ടയാടുന്നാവാം ആർക്കും അതിൽ നിന്ന് സാധിക്കില്ല ശ്രീരാമസ്വാമി ഒളിയം പെയ്തൊരു ഭാര്യയെ കൊന്നിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഒരു വേടന്റെ കയ്യിൽ നിന്ന് അമ്മേറ്റും ശനീരപേക്ഷിക്കണം അല്ലേ അവർക്കുമുണ്ടായിരിക്കാം ഒരു പൂർവജന്മങ്ങളുടെ പാപഫലങ്ങൾ അപ്പൊ അതാണ് അത്രയും വ്യാധിരൂപേന വരുന്നത് അങ്ങനെ വ്യാധിരൂപത്തിൽ വരുന്ന പാപങ്ങളുടെ ശക്തി കുറയ്ക്കാൻ മന്ത്രങ്ങൾക്ക് സാധിക്കുമോ അവിടെ ആയുർവേദശാസ്ത്രം വീണ്ടും പറയണോ ആയുർവേദത്തിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ ആചാര്യൻ വീണ്ടും പറയണോ വിഷ്ണു സഹസ്രനാമാനം സർവാം രോഗാൻ വിമോഹ്യതീല്ല വിഷ്ണു സഹസ്രനാമത്തിലൂടെ പൂർവ്വജന്മ പാപങ്ങളുടെ ശക്തി കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ടായിരിക്കാം ഭാരതത്തിൽ വിഷ്ണു സഹസ്രനാമം പ്രചരിപ്പിക്കപ്പെട്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭീഷ്മ പിതാഭൻ ധർമ്മപുത്രരുടെ പാപചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടി ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് വിഷ്ണു സഹസ്ര വ്യാസഭഗവാൻ പറയുന്നു ഭാഗവത സപ്താഹം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വിഷ്ണു സഹസ്രനാമം പാരായണം ദിവസവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് സർവശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് പൂർവജന്മങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെ കടയാൻ ഏതിന് സാധിക്കും വിഷ്ണു സഹസ്രനാമത്തിന് ശ്യാമുന്ദ श्याम सुंदरा श्याम सुंदरा श्याम सुंदरा भुवन सुंदरा श्याम सुंदरा श्याम सुंदरा श्याम सुंदरा भुवन सुंदरा श्याम सुंदरा श्याम सुंदरा श्याम सुंदरा ുന്ദര ശ്യാമസുന്ദ ഭുവനസുന്ദര ശ്യാമസുന്ദോവിന്ദനാമ സങ്കീർത്തനം രാധാരമണമുകുന്ദരാരേ ചരണമേതവരണം പവനപുരേചാരാധാകൃഷ്ണാണേ തവച ചരണയുഗം േവി മഹേശ്വരി പാർവതി ശങ്കരി ശരണമേ തവ തരണയുഗം സാമ്പ സദാശിവംഭോജങ്ക ശരണേ തവ തണയുഗം ഹരിഹരപുദ്രാസിതവത്സല ശരണമേ തവ തരണയുഗം രാധാരമണമുഗുന്ദം മേ തവണയുഗം പവനപുരേചാരാധൃ ശരണുഗം സർ ഗോവിന്ദമ സങ്കീർത്തനം യാത്രേവാസ്ത്രൈതാവു ശിവമനസാ ശരീരാത്മാനമീനം ആശ്രയാ ഗോവിന്ദനാമസം ശ്രീമൽ നാരായണീയ ജീവിതത്തെ യഥാർത്ഥമായി ആസ്വദിക്കുന്നതിന് അനുഭവിക്കുന്നതിന് നമുക്ക് സഹായം ചൊരിയുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് ജീവിതത്തെ ആസ്വദിക്കുക പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒരു സാധാരണ മനുഷ്യൻ അവരുടെ ജീവിതം തുടങ്ങുന്നത് കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ ജീവിതം കാണിച്ചു കൊടുക്കും അപ്പോ സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ അച്ഛനും ഒന്നി ഒരു ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു കമ്പാരിസൺ വരും വട്ട് ഇസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറെ അറിവും കുറെ കഴിവും സാമ്പത്തികമായി ഒരു ഭദ്രതയിൽ ജീവിതസുഖ സൌകര്യങ്ങളും ഒക്കെയായിട്ടുള്ളൊരു ജീവിതമാണ് ജീവിതം അപ്പൊ മനുഷ്യൻ ക്രമേണ ജീവിതം കെട്ടിപ്പടുക്കുന്നത് കുറെ അറിവ് കൂടണം കഴിവ് കൂടണം ഈ കഴിവിലും അറിവിലും അനുസരിച്ച് സമ്പത്ത് നേടണം സമ്പത്തുകൊണ്ട് സുഖസൌകര്യങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ അതിനെ ആസ്വദിക്കണം ഇതാണ് സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ ധാരാളം പഠിക്കണം അങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ച് ഇന്നത്തെ നിലവാരമനുസരിച്ചൊരു എഞ്ചിനീയറാവണം അല്ലെങ്കിൽ ഡോക്ടറാവണം അല്ലെ അങ്ങനെയാണല്ലോ ഒരു എഞ്ചിനീയറും ഡോക്ടറും ആയിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവന്റെ അറിവ് പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി എം ബി എ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു പൊസിഷൻ നല്ലൊരു ജോലി കിട്ടാനുള്ള എന്തായി അറിവായി കിട്ടും ഇനി കുറെ കഴിവ് അതായത് കഠിനമായി അധ്വാനിക്കണം നല്ലവണ്ണം ജോലി ചെയ്യണം അങ്ങനെ കഠിനമായി അധ്വാനിച്ച് ശമ്പളം നല്ലവണ്ണം ഒരു പൊസിഷനൊക്കെ നേടി നല്ലൊരു ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനായി നല്ലൊരു സ്ഥാനം ധാരാളം ശമ്പളമായി സൌകര്യങ്ങളായി ഇങ്ങനെ ജീവിക്കുന്നതാണ് ജീവിതമെന്നാണ് കൂടുതൽ ആളുകളും ധരിച്ചുറപ്പിച്ചിരിക്കുന്നത് അപ്പൊ വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു ഡമനിഷൻ നിർവചനതായിരിക്കും അപ്പോ സാധാരണ രീതിയിൽ ഒരാളുടെ ഇന്നത്തെ കുട്ടികളുടെ ജീവിതത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒരു പൊസിഷൻ സുഖസൗകര്യങ്ങൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഒരു സുഖമുള്ളൊരു ജീവിതമായി ഇപ്പൊ നോക്കുന്ന സമയത്ത് മൂന്ന് കാര്യത്തിനാണ് ഇന്നത്തെ തലമുറ പ്രാധാന്യം കൊടുക്കുന്നത് മൂന്നേ മൂന്ന് ഒന്ന് അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കും രണ്ടാമത്തത് അവരുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കും മൂന്നാമത്തത് അവരുടെ ജീവിത നിലവാരത്തിന് പ്രാധാന്യം കൊടുക്കും അത്രയും വീണ്ടും എന്നാൽ ഇവിടെയായിരിക്കാം പലപ്പോഴും പലർക്കും പരാജയം പറ്റുന്നത് എവിടെയാണ് പരാജയം അവരവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ അവർ പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന ഒന്നുണ്ട് അതെന്താണ് പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സിന് പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു ദ ആർ നോട്ട് കെയർ കെയർ ദെയർ ഓൺ മൈൻഡ് സ്വന്തം മനസ്സിനെ അവർ കെയർ ചെയ്യുന്നില്ല അപ്പൊ തന്നെ ഇന്ന് ജോലിയുണ്ട് കഴിവുണ്ട് അറിവുണ്ട് സാമർഥ്യമുണ്ട് പലതുമുണ്ടെങ്കിലും പലരും മെന്റലി ഡിസ്റ്റേർബാണ് അപ്പം ആർ ഡിസ്റ്റേബ് മീൻസ് ദ ആർ നോട്ട് ഏബിൾ ടു മാനേജ് അല്ലെങ്കിൽ ദ ആർ നോട്ട് ഏബിൾ ടു ഫേസ് ദ സിറ്റുവേഷൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അവർ ഫേസ് ചെയ്യാൻ പറ്റാത്തവരാണ് പെട്ടെന്ന് മെന്റലി അവർ ഒരു ഡിസ്ട്രാക്ടഡാവും അല്ലെങ്കിൽ അവർ ആകെ എന്താണ് ഡിസ്റ്റേബ് ആവുന്നത് ഇവിടെയായിരിക്കാം ആധ്യാത്മികതയുടെ മഹത്വം വരുന്നത് തന്റെ മനസ്സിനെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ മറ്റുള്ളവരുമായി സഹകരിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനെ പെർഫെക്റ്റ് ആക്കിയെടുക്കണമെങ്കിൽ മനസ്സിനെ ഉയർത്തുന്ന ഒരു അറിവ് വ്യക്തികൾക്കുണ്ടാവണം തന്റെ മനസ്സിനെ ഉയർത്തുന്ന ഒരു അറിവുണ്ടായില്ല ഈ അറിവാണ് ആധ്യാത്മികമായ അറിവ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ കുറച്ചൊന്ന് വൈഡായിട്ട് ചിന്തിക്കണം ഈശ്വരൻ എന്നുള്ള സങ്കല്പം മൃഗങ്ങൾക്കില്ല ഉണ്ടോ മൃഗങ്ങൾക്ക് ഈശ്വരന്റെ ആവശ്യമില്ല ഉണ്ടോ പശുക്കൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും ഈശ്വരൻ വേണോ പിന്നെ ഇന്നലെ മനുഷ്യർക്കായിട്ട് ഈശ്വരൻ ഈ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഗോഡ് വൈ കാൺ ഹ്യൂമൻ ബീങ് ചിന്തിക്കുന്നവരുടെ ഒരു ചോദ്യ ഉണ്ടാവോ തീർച്ചയായിട്ടും ചെടികൾക്ക് ഈശ്വരൻ വേണ്ട വേണോ നിങ്ങളുടെ വീട്ടിലെ പൂച്ചയ്ക്ക് ഈശ്വരൻ വേണോ അതിലാവരും എണീറ്റ് പൂജാമുറി പോകേണ്ട ആവശ്യമുണ്ടോ അത് വിളക്ക് ആവശ്യമുണ്ടോ വേണോ പട്ടിക്ക് ഈശ്വരൻ വേണോ ഒരുപക്ഷെ നമ്മളെക്കാൾ ഹാപ്പി ആയിരിക്കാൻ മാറി ഈശ്വരനില്ലാത്തവരൊക്കെ അപ്പൊ നമുക്ക് മാത്രം എന്തിനാണ് ഈശ്വരനൊക്കെ ഈശ്വരൻ മനുഷ്യനോട് മാത്രം കൺസേണ്ടാണോ വേറെ ജീവജാലങ്ങൾക്കൊന്നും ഈശ്വരൻ കൺസേണ്ടല്ലേ അപ്പൊ നമ്മൾ മാത്രം ഈശ്വരനെ നോക്കിയാൽ മതിയോ എന്തായിരിക്കണം മനുഷ്യന് മാത്രം ഈശ്വരൻ എന്നുള്ള ആ ഒരു സങ്കല്പം വന്നിരിക്കാൻ കാരണം നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോകേണ്ടതുണ്ട് ഈശ്വര സങ്കല്പം ഭാരതത്തിൽ എങ്ങനെയാണ് വന്നത് പണ്ട് മനുഷ്യൻ അവൻ വളർന്നു തുടങ്ങിയപ്പോഴായിരിക്കാം പ്രകൃതിയിലെ പല പ്രശ്നങ്ങളെയും അവന് അഭിമുഖീകരിക്കാൻ സാധിക്കാതെ തന്റെ പരിമിതി അവന് പലയിടത്തും മനസ്സിലാവാൻ തുടങ്ങി പ്രകൃതിക്ഷോഭങ്ങൾ കാട്ടുതീകൾ അങ്ങനെ അങ്ങനെയാണല്ലോ പ്രകൃതി കാട്ടിൽ നിന്നാണല്ലോ മനുഷ്യൻ വരുന്നത് അപ്പൊ മനുഷ്യൻ പല പ്രശ്നങ്ങളെയും കാണാൻ തുടങ്ങിയപ്പോ ഇതൊന്നും അഭിമുഖീകരിക്കാനുള്ള കഴിവ് തനിക്കില്ല എന്നുള്ള ഒരു അറിവ് അവനെ തളർത്തി കാണണം ഇപ്പൊ തന്റെ ഒരു ഒരു എന്താ പറയാ വീക്ക്നെസ് തന്റെ ഒരു കഴിവില്ലായി അതിൽ നിന്ന് അവന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവൻ എന്തു ഒരു ശക്തിയെ ഉപാസിക്കുന്ന പ്രക്രിയകൾ തുടങ്ങിയത് ഈശ്വരൻ എന്നുള്ളൊരു ശക്തി അവൻ തുടങ്ങാനുള്ളൊരു കാരണം തനിക്ക് പലതിനെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവില്ലാന്നുള്ളത് അപ്പൊ എന്തിനാ അവൻ ഈശ്വരനെ ഉപാസിച്ചത് അവന്റെ മുന്നിൽ ചിലതെല്ലാം അവൻ കാരണം കാണണം പ്രധാനമായി മരണം അവൻ കാണണം മരണം മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല ഏതോ ശക്തി മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ അവൻ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ദർ ഈസ് സം പവർ ഇൻഫ്ലുവൻസിംഗ് ഹിസ് ലൈഫ് അപ്പോൾ അവന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവണം ആ ശക്തിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ശക്തിയെ ഒന്ന് മനസ്സിൽ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ സ്തുതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ശക്തി തന്നോട് പ്രീതനാവുന്ന അങ്ങനെയായിരിക്കണം മനുഷ്യൻ എന്ത് തുടങ്ങിയിട്ടുണ്ടാവുക ഈശ്വരനെ ആരാധിക്കുന്ന സമ്പ്രദായം പ്രാചീനകാലത്ത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അന്ന് എന്തില്ല വിഗ്രഹങ്ങളില്ല അന്ന് പ്രധാനമായി മൂന്ന് ശക്തികളെയാണ് ഈശ്വരനായി ആരാധിച്ചത് ആരൊക്കെ ഇരിക്കണം അഗ്നി അഗ്നിയെ ഈശ്വരനായി ആരാധിച്ചു രണ്ടാമത്തത് വായുവിനെ ഈശ്വരനായി ആരാധിച്ചു അഗ്നിപ്പെട്ടതാണ് സൂര്യൻ മൂന്നാമത്തത് വെള്ളത്തെ ഈശ്വരനായി ആരാധിച്ചു അഗ്നി വായു വെള്ളം എങ്ങനെയാണ് ഉപാസന തുടങ്ങിയിട്ടുണ്ടാവുക നിങ്ങൾ വേദത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഗ്രഹമില്ലേ അവിടെ കേട്ടില്ലേ ഋഗ്വേദം യജുർവേദം സാമവേദം എന്നൊക്കെയുള്ള വേദങ്ങളിലൊന്നും ആരില്ല വിഗ്രഹാരാധനയൊന്നുമില്ല അവിടെ ഋഗ്വേദം തുടങ്ങുന്നതിനെ അഗ്നി നീളേ പുരോഹിത ആദ്യം ആരാധിക്കുന്നത് അഗ്നിയ നമസ്തേ വായോ പിന്നീട് വായുവിനെയാണ് പിന്നീടാണ് ആര് തുടങ്ങുന്നത് വെള്ളത്തിനെ കാലം മുന്നോട്ടു പോയി മനുഷ്യൻ കൂടുതൽ മാനസികമായി അസ്വസ്ഥനാവാൻ തുടങ്ങിയിട്ടുണ്ടാവണം ഒരു വശത്തവന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ വരാൻ കാരണം മനസ്സിന് ആകർഷിക്കാനുള്ള കഴിവുണ്ട് പ്രകൃതിയിലേക്ക് മനുഷ്യ മനസ്സ് ആകർഷിക്കുമ്പോൾ അവന് ഇതെല്ലാം അനുഭവിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ സുഖവും സന്തോഷവും കിട്ടും അപ്പൊ മനസ്സ് ആഗ്രഹിക്കുകയും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ പ്രവർത്തിക്കുകയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുഭവങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവന് മാനസികമായി ദുഃഖങ്ങൾ ഈ ദുഃഖങ്ങളെ അവന് എവിടെയെങ്കിലൊന്ന് ഇറക്കിവെക്കാനും അതുപോലെ തന്നെ ആഗ്രഹിച്ചത് മുഴുവൻ ആഗ്രഹിച്ച പോലെ നേടിയെടുക്കാനും അവൻ കൂടുതൽ ആരോടടുത്ത് കാണും ഈശ്വരനോടടുത്ത് കാണും ഇനി നിങ്ങൾ പ്രാചീന കാലത്തേക്ക് നോക്കണ്ട നമ്മുടെ സ്വന്തം ജീവിതം എടുത്ത് നോക്കിയാൽ മതി കുട്ടിക്കാലത്ത് നമ്മൾ അമ്പലത്തിൽ എന്തിനാണ് പോണത് കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ നടക്കാനാണ് അല്ലേ അപകടമൊന്നും ഉണ്ടാവരുത് വിചാരിച്ചൊക്കെ നടക്കണം എന്നുള്ളതാണ് ആദ്യം അമ്പലത്തിൽ പോകുന്നത് ആഗ്രഹങ്ങൾ നേടാനാണ് രണ്ടാമത് അമ്പലത്തിൽ പോകുന്നത് നേടിയതൊന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് മൂന്നാമത് അമ്പലത്തിൽ പോകുന്നത് ി ചിലതെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നുണ്ട് അതൊന്നും അങ്ങനെയൊന്നും നഷ്ടപ്പെടരുത് താൻ കഷ്ടപ്പെടാതെ ഇനി ഇവിടുന്ന് പോകേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഓരോ സമയത്തും ഈശ്വരന്റെ പ്രാർത്ഥനയിൽ വ്യത്യാസമുണ്ട് ഭഗവാനെ കൺഫ്യൂഷനാവും നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് കുട്ടിക്കാലത്ത് പ്രാർത്ഥിച്ചതല്ല പിന്നെ പത്തുകൊല്ലം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലെ ശരിയല്ല ചിന്തിക്കുന്ന അങ്ങനെ ഈശ്വരാരാധന പക്ഷേ എന്നിട്ടും ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിട്ടും ഉപാസനങ്ങളൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ മാനസികമായി സ്വസ്ഥനാണോ എന്ന് ചോദിച്ചു ബഹുഭൂരിപക്ഷം ആളുകളും മാനസികമായി സ്വസ്ഥനല്ല അതിനെന്തായിരിക്കണം കാരണം അവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാര് കണ്ടെത്തിയത് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയെ നാം യഥാർത്ഥമായി മനസ്സിലാക്കാത്തടത്തോളം കാലം മനസ്സിൽ യഥാർത്ഥമായ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ സാധ്യല്ല ഈശ്വരനെ ഇപ്പൊ നമ്മൾ സങ്കല്പരൂപത്തിൽ കൊണ്ടു നടക്കുകയാണ് വിഗ്രഹാരാധനയിലൂടെ അല്ലേ അതിൽ നിന്ന് നമ്മൾ ശരിയായ വിധത്തിൽ ആരെ മനസ്സിലാക്കണം ഈശ്വരനെ മനസ്സിലാക്കണം ഹൂ ഈസ് ദാറ്റ് ഗോഡ് വേർ ഈസ് ദാറ്റ് ഗോഡ് ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കിയാലേ നമുക്കറിയുള്ളൂ നമ്മളും ഈശ്വരനും തമ്മിലുള്ള ഒരു ബന്ധം ശരിക്കും എന്താണ് ആരാണ് ഈശ്വരൻ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പം സാധാരണക്കാരൻ അപ്പോഴും ഈശ്വരനെ ഉറപ്പിക്കുന്നത് ഈശ്വരൻ തന്നിൽ നിന്നും എത്രയോ അകലെയാണ് ആകാശങ്ങളിൽ എവിടെയോ മറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ആര് ഈശ്വരൻ അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പറസിൽ തന്നെ വന്നത് സാധാരണ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഇതെല്ലാം കേൾക്കാൻ മുകളിലൊരാളുണ്ട് എന്നാ പറയാ കൂടെ ഒരാളുണ്ട് നമ്മൾ പറഞ്ഞ് പിടിച്ചിട്ടില്ല മനസ്സിലായി മുകളിലൊരാളുണ്ട് മുകളിലൊരാളുണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് മുകളിലാക്കി മുകളിലാക്കിയിട്ട് എല്ലാറ്റും നമ്മൾ ഉത്തരവാദിത്താർക്ക് കൊടുത്തു മുകളിലാൾ എന്താണ് ഈ മുകളിലുള്ള ആളെന്നുള്ളതിനർത്ഥം നമ്മളിൽ നിന്ന് അകലെയാണോ അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം ഹു ഈസ് ഗോഡ് വെറി സീ നമ്മളും അദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്താണ് ഇവിടെയാണ് നാരായണീയൻ തുടങ്ങുന്നത് ആ ശ്ലോകത്തോടുകൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം ആദ്യം ഞാൻ വായിക്കും പിന്നീട് നിങ്ങൾ ആവർത്തിക്കും സാന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം മോക്തം നിത്യമോക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പ്പം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മതം തവൽവാദിസാക്ഷാൽ ഗുരുപവനപുരേ അന്ത്യം ജന നിർവചിക്കുകയാണ് ഈ ഒരു ദശകത്തിന് ഭഗവാന്റെ സ്വരൂപ വർണ്ണന എന്നാ പറയുന്നത് ഭഗവാന്റെ രൂപം യഥാർത്ഥ രൂപം എന്താണ് സ്വരൂപ വർണ്ണന ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു ദശകം ഇത് മനസ്സിലായാൽ പിന്നെ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായി ഈശ്വരനെ നിർവചിക്കുന്നത് സാന്ദ്ര ആനന്ദ അവബോധം ഈ വാക്ക് തന്നെ മനസ്സിലാക്കാൻ നല്ല പ്രയാസ സാന്ദ്ര ആനന്ദ അവബോധം സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഇട തോർന്നത് ഫുൾ സാന്ദ്രം കട്ടിയായത് വളരെ സ്ട്രോങ് ഫുൾ ആൻഡ് സ്ട്രോങ് സാന്ദ്രം ആനന്ദം ആനന്ദം എന്നുള്ളതിനെന്താ അർത്ഥം പറയാ ഹാപ്പിനസ് എന്നല്ല അർത്ഥം ഇംഗ്ലീഷിൽ ആനന്ദം എന്ന് പറഞ്ഞാൽ ഹാപ്പിനസ് നല്ല എക്സ്റ്റസി എന്ന് പറയാം ഹാപ്പി എന്നുള്ളതിനാണ് ആനന്ദം ആനന്ദം എന്നുള്ളതിന് സ്വതന്ത്രം എന്നാണ് അർത്ഥം ദാറ്റ് വിച്ച് ഈസ് ഫ്രീ എവർ ഫ്രീ അവബോധം അവബോധം മീൻസ് നോളജ് അറിവ് ഇടതൂർന്ന ഫുള്ളായിരിക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന ഒന്നിനെക്കുറിച്ചുള്ള അറിവ് അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാമല്ലോ മനസ്സിലാവോ മനസ്സിലാവോ സാധാരണക്കാരനൊന്നും മനസ്സിലാവില്ല അപ്പൊ നമ്മൾ കുറച്ചൊന്ന് സൂക്ഷ്മമായി ചിന്തിക്കണം ആരാണ് ഈശ്വരൻ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക ഴിഞ്ഞാൽ ഭൂമി സൂര്യൻ നമ്മൾ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം നിൽക്കുന്നത് എവിടെയാണ് അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് അല്ലേ ആകാശത്തിലാണ് നിൽക്കുന്നത് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആകാശം സാന്ദ്രം കുറച്ച് വിശാലമായിട്ട് മനസ്സിലാവുണ്ടോ ആകാശത്തിന് ആദ്യം അന്തവും ഉണ്ടോ സ്പീസീസ് ഫുൾ സ്പേസ് ഈസ് ആനന്ദം ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വതന്ത്രമാണ് ദ എർ കാൻ എക്സിസ്റ്റ് ഇവ് ദരി സ്പേസ് ഭൂമിക്ക് നിലനിൽക്കണമെങ്കിൽ ആര് വേണം സ്പേസ് വേണം എന്നാൽ സ്പേസിന് നിലനിൽക്കാനോ ഭൂമി വേണോ കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കുന്നു സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിലാണോ സ്പേസ് ഉള്ളത് അല്ല സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിലും ആരുണ്ട് സ്പേസ് ഉണ്ട് സ്വതന്ത്രമാണ് അപ്പൊ രണ്ടുമുണ്ട് ഒന്ന് ഫുള്ളാണ് രണ്ട് സ്വതന്ത്രമാണ് അപ്പോ സ്വതന്ത്രമായ ഒന്നിലാണ് സ്വതന്ത്രമായൊരു ആകാശത്തിലാണ് ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും നിൽക്കുന്നത് പ്രപഞ്ചത്തിൽ ആദ്യം പഠിക്കേണ്ടുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്രമായതിലാണ് സ്വതന്ത്രമല്ലാത്ത വസ്തുക്കൾ നിലനിൽക്കുന്നത് ഇവിടെ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് സ്വതന്ത്രമായതും മറ്റൊന്ന് സ്വതന്ത്രം അല്ലാത്തതും വട്ട് ഈസ് വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന് മീനിങ് വൺ ഈസ് ഇൻഡിപെൻഡന്റ് അൻഡ് അതർ ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഒന്ന് റിലേറ്റീവാണ് ഒന്ന് അബ്സല്യൂട്ടാണ് ഒന്ന് ഇൻഫിനിറ്റ് ആണ് മറ്റൊന്ന് ഇവിടെയാണ് അയൻസ്റ്റീനൊക്കെ തീയറി കണ്ടുപിടിച്ചത് എന്ത് റിലേറ്റിവിറ്റി ഒന്ന് റിലേറ്റീവാണ് റിലേറ്റീവും നിൽക്കുന്നത് എവിടെയാണ് സ്പേസിലാണ് അതാണെങ്കിലോ ഒന്നിനെയും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല അത് കംപ്ലീറ്റ്ലി സ്വതന്ത്രമാണ് ക്ലിയറാണല്ലോ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് സ്വതന്ത്രമായ ഒന്നിലാണ് നിറഞ്ഞിരിക്കുന്ന ഒന്നിലാണ് സ്വതന്ത്രമല്ലാത്ത പരിമിതമായ വസ്തുക്കൾ നിലനിൽക്കും ക്ലിയർ ക്ലിയർ അല്ലേ ഇനി നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരിക പ്രകൃതിയിൽ അങ്ങനെയാണെങ്കിൽ നമ്മളിൽ എങ്ങനെയാണ് ഈ ശരീരം അത് സ്വതന്ത്രമാണോ ശരീരം അതിന്റെ നിലനിൽപ്പിന് വേണ്ടി നല്ലവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ശരീരം സ്വതന്ത്രമാണോ ഇതിന് വായു വേണം കഴിക്കാൻ ഭക്ഷണം വേണം കുടിക്കാൻ വെള്ളം വേണം അപ്പൊ ഇത് പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ പ്രകൃതിയെ മാത്രമാണോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറെ വല്ലതിനെ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേറെ വല്ലതും വേണമോ എന്താ വേണ്ടത് ആഹാരം വായു വെള്ളം അഗ്നി ഇതൊക്കെ പ്രകൃതി എന്ന് വേണം പിന്നെന്താ വേണ്ടത് നിങ്ങൾ രാവിലെ എണീറ്റു വരണോ നിങ്ങളുടെ ശരീരം ഉയർന്നു വരണോ ആരാ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് വേണം മനസ്സ് വേണം ചിന്തകൾ വേണം അല്ലേ സപ്പോസ് നിങ്ങൾ കോമയിലാണെന്ന് വിചാരിക്കുക നിങ്ങൾ ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഈ ശരീരത്തിന് എണീക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങളുടെ ശരീരത്തെ എണീപ്പിക്കാൻ ആര് വേണം ഒരു മനസ്സ് വേണം തീർച്ചയായിട്ടും ഇനി ശരീരം എന്ത് പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ രാവിലെ എണീറ്റാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ശരീരത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ഒരു ബുദ്ധി വേണം അല്ലേ ഇന്ന് രാവിലെ എണീറ്റ് നിങ്ങൾ ഇവിടെ വരണം അതിനനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തണം എന്ന് ആര് പറയണം ബുദ്ധി പറയണം അപ്പൊ ശരീരം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ബുദ്ധി മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ബുദ്ധി ഡിപ്പെ ഇത്രയും മതിയോ നമുക്ക് പോരാ ഇനി ഇത്രയും മതി എങ്കിൽ നമ്മളൊരു ഡെഡ് ബോഡി തമ്മിൽ വ്യത്യാസമില്ല ഉണ്ടോ വ്യത്യാസമുണ്ടോ അപ്പൊ നമുക്ക് ഡെഡ് ബോഡിയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം ഉണ്ടല്ലോ അപ്പോ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം ഒരു ബുദ്ധി മനസ്സ് ഇതെല്ലാം ആരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ശരീരം ക്ലിയറാണ് അപ്പൊ ശരീരം സ്വതന്ത്രമല്ല മനസ്സ് സ്വതന്ത്രമാണോ അല്ല മനസ്സിന് പോലും നിലനിൽക്കണമെങ്കിൽ ഒരു വശത്ത് ശരീരവും വേണം മറുവശത്ത് ഉള്ളിലൊരു ബുദ്ധിയും വേണം ഉള്ളിൽ ചൈതന്യം ബുദ്ധിയും സ്വതന്ത്രമല്ല എന്നാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം സ്വതന്ത്രമാണോ അതെങ്ങനെ നമുക്കറിയാം ഈ ചൈതന്യം സ്വതന്ത്രമാണോ അല്ലേ എന്നുള്ളത് ങ്ങളെ അംഗീകരിക്കണം ആദ്യം കാരണം അത് നമുക്ക് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്യാൻ സാധ്യയില്ല ആത്മഹത്യ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക ആഫ്റ്റർ സൂയിസൈഡ് വാട്ട് വില് ആപ്പൺ എന്നെങ്ങനെയാ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുകൊടുക്കാൻ പറ്റുമോ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കുക പിന്നെന്ത് സംഭവിക്കുന്നു പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലേ ഉണ്ടോ പോയിസൺ കഴിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുക്കണോ പറയാൻ പറ്റുമോ അഗ്നിയിലേക്ക് ചാടിയാൽ എന്താ സംഭവിക്കുക എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ പിന്നെ യു കനോട്ട് ഇറ്റ് അതുപോലെ നമുക്ക് ജീവൻ സ്വതന്ത്രമാണോ എന്ന് തുടക്കത്തിൽ അറിയില്ല നമുക്ക് അതുകൊണ്ട് ശാസ്ത്രങ്ങളെ അംഗീകരിക്കണം ശാസ്ത്രങ്ങൾ പറയുന്നു ആചാര്യന്മാര് പറയണോ ജീവൻ സ്വതന്ത്രമാണ് അതെന്താ സ്വതന്ത്രമാണെന്ന് പറയാൻ കാരണം ഈ ശരീരം വിട്ടുപോവാൻ ഏത് സമയം വേണമെങ്കിൽ വിട്ടുപോവാൻ ആർക്ക് സാധിക്കും ജീവന് സാധിക്കുമെങ്കിൽ ഈ ശരീരത്തിൽ കുരുങ്ങി നിൽക്കുന്ന കുടുങ്ങി നിൽക്കുന്ന ഒന്നല്ല ജീവൻ ഇതങ്ങൾ മനസ്സിലായി കിട്ടാൻ ലേശം പ്രയാസമുണ്ട് എന്ത് ഈ ജീവൻ സ്വതന്ത്രമാണ് അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പ്രയാസം എന്ന് ചോദിച്ചു അതിനെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധ്യത കാരണം കാരണം അതിന് രൂപമില്ല അപ്പൊ രൂപമില്ലാത്ത ഒന്നാണ് ജീവൻ അത് ഈ ശരീരത്തിൽ സ്വതന്ത്രമാണെന്ന് നമ്മളങ്ങോട്ട് ഉറപ്പിച്ച് വിശ്വസിക്കണം എന്തിന് വിശ്വസിക്കണം നമ്മൾ കാരണം എപ്പോൾ വേണമെങ്കിലും ഈ ജീവന് ശരീരത്തെ വിട്ടുപോകാൻ സാധിക്കുമെങ്കിൽ ജീവൻ എപ്പോഴും എന്തായിരിക്കണം കുറെ യുക്തി കൊണ്ടേ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റും പ്രാക്ടിക്കലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധ്യമല്ലത് മനസ്സിലായില്ലേ